ഷിഭ്യം ഹരി ഓം അന്തരാപാൻ താത്തപാവനമചിന്യവൈഭവം തംനരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക്ലം മഹം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാത് പരം ബ്രംഹത്തസ്മൈ ശ്രീ ഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവത്വ്യാപ്തേഹ यस्यांतन ദക്ഷിണമൂർത്തേ നമുതിമധ്യം നി കരചരണം നമഗോത്രം നൂത്രം നോ ജാതിർന്ന വർണ്ണവതി പുരുഷോ നീ നാരം നൈവാരം നി ജനിവം पापं തം നോ തും സഹജ സമരസം സദ്ഗുരു തം നമു സദാശിവസമാരംഭം ശങ്കചാര്യമധ്യമാ അസ്മദാചാര്യപര്യത്തം വന്ദേ ഗുരുപരംപരാ മൗനവ്യഖ്യകട്രഹ്മം യുവാനം വർഷിട്ടാത്തേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകലിതചിന് മുദ്രമാനന്ദമൂർത്തിമാരാമം ഉദിതവദനം ദക്ഷിണമൂർത്തിമീളേ വേദന്ഭാസകാതയേ ശാത്ത നാദിനേന്ദ്രസംഗ യോഗീന്ദ്രവ്യ മോഹധ്വാന്തതിവാകരാ ഭഗവത്പാദിതേ തസ്മൈ ഭാഷ്യമോസ്തു സതർ ബോധാത്മന അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തും രമണ ഗഭീരം ചിന്വിഹീനം ഹൃദി ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിർന്നോ നാഹം തത്തദാവസുപ്തിസമയേ സിദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കു വരധിയ ദനിഷാത്മന ോഹം സ്ഫൂർത്തിയാ അരുണാചലശ പൂർണോ വിഭാതി സ്വയം കരുണാൂർണസുധബ്ധേം കപളിദഗനവിശ്വകിരണാവലിയ അരുണാചല പരമാരുണോഭവിത്തുവി ്യരുചലസം ഭൂ സ്ഥിവാളീനേതം ഹൃദ്യഹമത്മതയാഭോ തേ വദി ഹൃദയം നാമ അഹമിത് കന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയാ അവഗമ്യ സ്വം ൂപം ശാമ്യരുണാചല നദീവാധൗ തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസം ധ്യയൻ പശ്യതി യോഗീ ദീർതി അരുണാചലത്യി മഹീയം തേ ർപ്പമനസ ം പശ്യൻ സർവവായാ സതതം ഭജത്തെ അനന്യീ സജയത് അരുണാചലത്യി സുഖേ മഗ്നഹ ശോണപ്രഭം സോമകലാവതംസം പാണിസ്ഫുരത് പഞ്ചശരിക്ഷുചാ പ്രണപ്രിം നൗമിപ്പിനാകേ കോണത്രയസ്ഥം കുലദൈവതം നഹം നമു യാമിഖാലുന്തളാ ഭവാം ചൂടോത്തംസിതചന്ദ്രചാരുക്കലി ചഞ്ചത് ശിഖാഭാസ്വരൂ ലീലാദഗ്ധവിലോലകേ സ്ഫുരൻ അന്തസ്ഫൂർജതപാരമോഹതിര പ്രാഗ്ഭാരമുച്ഛാടയൻ ചേട്ട സദ്യത്തെ ജാനപ്രദീപോഹര ശാരദാരദം ഭോജവദം ഭുജേസ് സിധിസ്സി കൂന്ത പ്രവിശ്യ മമ വാചിമാം പ്രസുപം സഞ്ജീവയക്കില ശക്തിധരസ്വധരണശ്രവത്വീൻ പ്രാണന്നമോ ഭഗവത്തെ പുരുഷാ യുഭ്യം പാർ പ്രതിബോധിതായണേന സ്വസേന ഗ്രഥിതരാണമുനി മധ്യേ മഹാഭാരതം അദ്വൈതമൃതവർഷിണം ഭഗവത്തം അഷ്ടാദാധ്യംബ അനുസന്ദമീതീം നമോസ്തുവ്യസവിശാലുദ്ധി ഫുല്ലേത്രയാ ഭാരതൈലപൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ പ്രപന്നിജത്രേത്രൈകണയേ ജാനമുദ്രാ കൃഷ്ണാ ഗീതമൃതദുഹേ നമ സർപനിഷദോ पार्थो ദുധാ ഗോപാളനന്ദനം പാർോ വത്സുധീർഭുക്ത गीतामृतं महते, മഹത്ത് വസുദുതം ദം കംസാണൂരമർദനം देवकी പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു മൂക്കം കോതി വാചാ പങ്കും ലംഘയത്തെ ഗിരിം യത്കൃതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുവ്യൈ സ്തൈ വേദസാംഗപദക്മോപനിഷദൈ ഗായ ധ്യാസ്ഗത മനസാ പശ്യം യോഗിനോ യം നദുസുരാസുരഗണാ ദേവായ തस्मै നമഹ ണ്ടോ <coughs> കേണ്ടോ <coughs> ഭഗവത്ഗീതയിലെ ഏഴാമത്തെ അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം ആ വിഷയം മഴ പെയ്യണ്ടെന്നറിയുന്നത് ജ്ഞാനം മഴ ഭഗവത് സ്വരൂപമാണ് എന്നറിഞ്ഞാൽ വിജ്ഞാനം ജ്ഞാന വിജ്ഞാന യോഗം ആണ് നമുക്ക് വിഷയം ഈ കേൾക്കണ്ടോന്നാണ് അപ്പൊ സംശയം കേൾക്കണ്ടോ എന്ന കേക്കറത് അവൾ കേക്കറിയ കേക്ക മഴ പെയ്യുന്ന ശബ്ദം വെറുതെ കേട്ടിരിക്കാം ഇതിനു മുമ്പിൽ കഴിഞ്ഞ അധ്യായം ധ്യാനയോഗമാണ് അപ്പൊ ഭഗവാൻ ഒരു ടെസ്റ്റ് നടത്തിയതാണ് നമുക്ക് നമുക്ക് ചുമ്മാ ഇരിക്കാൻ എന്ന് നോക്കിയതാ ധ്യാനം എന്ന് പറഞ്ഞാൽ ചുമ്മായി ഇരിക്കലാണ് കോൺസെൻട്രേഷൻ ധ്യാനമല്ല കോൺസെൻട്രേഷൻ ധ്യാനത്തിന് അനുകൂലമാണ് എങ്കിലും അത് കടന്നിട്ട് ഉള്ള നിശ്ചലത ഇരുപ്പ് നിയർ എക്സിസ്റ്റൻസ് അതാണ് ധ്യാനം മഴ പെയ്യ ശ ശബ്ദം അങ്ങനെ കേട്ടിരുന്നാൽ മനുഷ്യനെ ഏറ്റവും വിഷമം പിടിച്ച ഒരു ഇന്ദ്രിയ വ്യാപാരമാണ് കേൾക്ക എന്ന് പറയുന്നത് കാണുക വിഷമല്ല നമ്മളുടെ മുമ്പിൽ വന്നാൽ കാണും കേൾക്ക കേൾക്ക എന്ന് വെച്ചാൽ ചെവിയിലൂടെ ശബ്ദം കടന്നു പോകും പക്ഷേ വിട്ടുപോവാതെ കേൾക്ക ശ്രവണം ലിസണിംഗ് ഹിയറിംഗ് അല്ല ലിസണിംഗ് ആ ദൃഷ്ടിയുടെ കാറ്റിന്റെ ശബ്ദം നിശ്ചലതയ്ക്ക് പോലും ഒരു ശബ്ദമുണ്ട് നിശ്ചലതയെ പോലും കേൾക്കാൻ പറ്റും ആദ്യം ഈ മഴ പെയ്യണതെങ്കിലും കേൾക്കണം നമ്മൾ കേൾക്കില്ല നമ്മൾ എന്ത് പറയും മഴ പെയ്യണം എത്ര നേരമായി മഴ മഴ പെയ്തിട്ടില്ലെങ്കിലോ മഴ പെയ്തില്ല എന്ന് പറയും മഴ പെയ്താലോ ആ മഴയെ ശ്രദ്ധിക്കാൻ നമുക്കില്ല നമ്മൾ ടിവിയുടെ മുമ്പിലാണ് അല്ലെങ്കിൽ വർത്തമാനമാണ് അല്ലെങ്കിൽ മഴയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ റിമാർക്ക് ആണ് ഇതില്ലാതെ കേൾക്ക പറ്റുമെങ്കിൽ ഇത്തിരി നനയ്യ മദ്രാസിലിപ്പോൾ പ്രഭാഷണം നടക്കുമ്പോൾ താമസിക്കുന്ന വീട്ടിൽ മുകളിൽ നിന്ന് ചുവട്ടിൽ നോക്കാം ജനലിൽ കൂടെ അവിടെ ചെറിയ മരങ്ങളാണ് ആടിക്കൊണ്ടേയിരിക്കും മരം അതിൻ്റെ വില കുറേ പക്ഷികൾ കൂടി വെച്ചിട്ടുണ്ട് നമുക്ക് നിലത്തിൽ വീട് കെട്ടി താമസിക്കുമ്പോൾ തൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല പക്ഷേ ഫ്ലാറ്റിലുള്ളവർക്ക് ഒരു ആകപ്പാട് ഒരു ആനുകൂല്യം കണ്ടത് അതാണ് മരത്തിൻ്റെ മുകളിലുള്ള കിളികളെ കാണാം മഴ പെയ്യുമ്പോൾ ശരീരം മുഴുവൻ നനയാണ് കൂടൊക്കെ നനയാണ് കൂട്ടിലുള്ള കുഞ്ഞുങ്ങൾ നനയാതിരിക്കാൻ അതിന്റെ മേലെ ഇരിക്കാൻ ആ വൃക്ഷം മുഴുവൻ ആടുകയാണ് അതിനകത്താണ് അതിന്റെ വീട് അബ്സലൂട്ട്ലി ഇൻസെക്യൂർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏ വേദ ആ കിളികള് താമസിക്കുന്ന മഴ പെയ്തുകൊണ്ട് മഴ കൊണ്ടുകൊണ്ട് അപ്പോ ഇത്രയും കാലത്തിൽ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിക്കാനുള്ള ഒരു സന്ദർഭാണത് മഴ പെയ്യണം എത്രയോ കാലമായിട്ട് അമ്പത് വർഷ അറുപത് വർഷമായിട്ട് കണ്ടിട്ടുണ്ടാവും പക്ഷെ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ലേ ആവും സൂര്യൻ ഉദിക്കണോ ദിവസം സൂര്യോദയത്തിനെ കുറിച്ച് കവികൾ പാടിയതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും പക്ഷെ സൂര്യോദയം കണ്ടിട്ടുണ്ടാവില്ല പൂർണ്ണചന്ദ്രനെ കുറിച്ച് കാളിദാസൻ എന്താ പറഞ്ഞിരിക്കണ ഷേക്സ്പിയർ എന്താ പറഞ്ഞിരിക്കണം ആശാൻ എന്താ പറഞ്ഞിരിക്കണം ഒക്കെ ഒരു പക്ഷെ അറിയുവായിരിക്കാം പൂർണ്ണചന്ദ്രനെ കണ്ടിട്ടുണ്ടാവില്ല ഇൗർണമി അപ്പണ്ടർ പാർത്ത ഏതാവും ഇല്ലാ ആ പൂർണ്ണചന്ദ്രനും പാത്തക്കു മാറ്റം രാഘാചന്ദ്ര സമാന കാന്തി വദന ദേവിയെ സ്തുതിക്കുമ്പോ രാഘാചന്ദ്ര സമാന കാന്തി വദന എന്ന് സ്തുതിച്ചു പൂർണ്ണചന്ദ്രനെ പോലെ വദനം അനി പൂർണ്ണചന്ദ്രനെ കണ്ടിട്ടു വേണ്ടേ പൂർണ്ണചന്ദ്രന്റെ കുളിർമ്മ ശീതളത രജത ധവള പ്രകാശം അതെപ്പോഴെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മളോട് തന്നെ ചോദിക്കണം സൂര്യൻ ഒദിക്കണത് കഴിഞ്ഞ വർഷം കണ്ടാൽ പോരാ നാളെ രാവിലെ ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ കാണാം സൂര്യോദയം ചന്ദ്രൻ്റെ സൗന്ദര്യം കാറ്റിൻ്റെ ശബ്ദം ആകാശത്തിൻ്റെ അനന്തത ഭൂമിയുടെ മണം മഴ പെയ്തിട്ട് ഇറങ്ങി നിന്ന് നോക്കണം നാട് മുഴുവൻ താറ് വിരിച്ചതുകൊണ്ട് ആ പൃഥ്വി ഗന്ധവതി എന്ന് ഋഷി പറഞ്ഞത് അറിയില്ല നമുക്ക് സർവത്ര ടാറും സിമെന്റ് ആയതുകൊണ്ട് മണ്ണിന്റെ മണം പോലും കിട്ടുന്നില്ല മണ്ണിന്റെ മണം ശുദ്ധമായ ഗന്ധം ദിവ്യോ ഗന്ധ പൃഥിവ്യാംശ എന്ന് ഭഗവാനോട് പറയാൻ പോവാണ് ആ പൃഥിവിയിൽ നിന്നും വരുന്ന ദിവ്യഗന്ധം എന്നാണ് ഗന്ധവതി പൃഥിവി ജലത്തിന്റെ രസം ആ പീൻ ചായും ജ്യൂസും മാത്രം കുടിച്ചാൽ അതറിയില്ലായിരുന്നു നല്ല ദാഹത്തോടെ പച്ചവെള്ളം കുടിക്കുമ്പോൾ എന്ത് ടേസ്റ്റ് അതിനാണ് മാധുര്യം പ്രകൃതി മുഴുവൻ നോക്കുമ്പോൾ വളരെ അലേർട്ടായിട്ട് ജാഗ്രതയായിട്ട് പ്രകൃതിയെ ശ്രദ്ധിക്കുമ്പോൾ ഒരു ഘട്ടത്തില് ശ്രദ്ധിക്കുന്നവൻ പ്രകൃതി തന്നെയായിട്ട് തീരുന്നു ഈശ്വരനെ നമ്മൾ പുറത്തെവിടെ അന്വേഷിക്കേണ്ട ഭഗവാൻ എവിടെയെന്ന് ചോദിക്കേണ്ട ഭഗവാനാണോ ഉള്ളത് ഈശ്വരനാണോ ഉള്ളത് ഈശാവാസ്യമിതം സർവം ഒരു വൃക്ഷം കാണുന്നു കാട് കാണുന്നു ഋഗ്വേദത്തിലുള്ള മന്ത്രാണ് തന്ത്രദ്രഷ്ടാവായ ഋഷിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് അന്തേവാസിയോ പത്നിയോ ആരോ കിം തദ്വനം കകും സ്വിദ് വൃക്ഷ ഈ വൃക്ഷം എന്താണ് ഈ വനം എന്താണ് ഇത് മരമാണ് ഇത് കാടാണെന്ന് പറയാൻ ഋഷി വേണ്ട ബ്രഹ്മതദ്വൃക്ഷം ബ്രഹ്മതദ്വനം ആ വൃക്ഷം ബ്രഹ്മമാണ് ആ വനം ബ്രഹ്മമാണ് അത് ഭഗവത് സ്വരൂപമാണ് പരമേശ്വര സ്വരൂപമാണെന്ന് മഴ പെയ്യണു ഇത് മഴയെക്കുറിച്ച് യാതൊരു അഭിപ്രായവുമില്ലാതെ അതിനെ ആനന്ദസ്വരൂപമായിട്ട് കണ്ടാൽ ആ വൃഷ്ടി ഭഗവത് സ്വരൂപമാണ് എന്നുവെച്ചാൽ വൃഷ്ടിയിൽ കിരീടം വെച്ച് ശംഖചക്ര ഗതാപാണിയായിട്ടൊരു ഭഗവാൻ വരേണ്ട ആവശ്യമില്ല വൃഷ്ടി ആസ് സച്ച് എങ്ങനെ ഇരിക്കണോ അത് ഭഗവാന്റെ സ്വരൂപമാണ് ആകാശം എങ്ങനെ ഇരിക്കണോ അങ്ങനെ ഭഗവാന്റെ സ്വരൂപമാണ് പൃഥ്വി എങ്ങനെ ഇരിക്കണോ അങ്ങനെ ഭഗവാന്റെ സ്വരൂപമാണ് ജലം എങ്ങനെ ഇരിക്കണോ അങ്ങനെ ഭഗവാന്റെ സ്വരൂപമാണ് സച്ചിദാനന്ദമാണ് ഞങ്ങൾക്കങ്ങനെ അറിയണില്ലല്ലോ അറിയണില്ല എന്നുള്ളൊരു ദൂഷ്യമേ ഉള്ളൂ ആ ദൂഷ്യം മാറ്റിക്കൊള്ളണം അറിയുന്നില്ല എന്നുള്ള അജ്ഞാനമേ ഉള്ളൂ ആ അജ്ഞാനം മാറ്റിക്കൊള്ളാം ഈശ്വര സാക്ഷാത്കാര എന്ന് പറയണത് മാത്രം ഒരു മിസ്റ്ററി എന്താന്ന് വെച്ചാൽ അത് അറിയണ വരെ എവിടെയും കാണില്ല അറിഞ്ഞ ശേഷം അതല്ലാതെ ഒന്നും കാണില്ല ഈശ്വരൻ പ്രകൃതിയിൽ നിന്നും നമ്മളിൽ നിന്നും പിരിഞ്ഞിട്ട് എവിടെയോ ഇരിക്കണ ഒരു ഭഗവാനെയാണ് നമ്മൾ അന്വേഷിക്കണത് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഭഗവത്ഗീതയൊന്നും വേണ്ട വി ഓൾറെഡി ഹാവ് ഇറ്റ് എവിടെയോ ഉണ്ടല്ലോ ഭഗവാൻ ആ ഭഗവാൻ എപ്പോഴും നമുക്കൊരു ടെററൈസിംഗ് ഫിഗറാണ് പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ താവതീശ്വരത്തോ ഭയം ഭാഗവതം പറയണം അത്രയും കാലം ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും ഈശ്വരനെ എന്നുവെച്ചാൽ ഈശ്വരൻ എവിടെയോ ഇരിക്കണു നമ്മളെ ഒളിഞ്ഞൊളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കേണ്ടത് നമ്മൾ ചെയ്യണത് തെറ്റും ശരിയൊക്കെ നോക്കണു എപ്പോഴാണ് ശിക്ഷിക്കുക എന്നറിയില്ല അതുകൊണ്ടൊരു ഭയം ഗോഡ് ഫിയറിംഗ് അല്ലെ ഇംഗ്ലീഷിലുള്ളൊരു ചൊല്ലാണ് ഗോഡ് ഫിയറിംഗ് കുട്ടിക്കാലം മുതൽക്ക് ഗോഡ് ഫിയറിംഗ് കല്യാണത്തെല്ലാം കൂടെ വരുന്നത് ശ്രുതിവാണികളെല്ലാം പോട കാഡ് ഫിയറിംഗ് കേൾ ഷുഡ് ബി കാഡ് ഫിയറിംഗ് ഈശ്വരനെ ഭയപ്പെട ഭയത്തിന് കാരണം എന്താ അന്യം അറിയപ്പെടാത്ത വസ്തു ഒക്കെ ഭയങ്കരമാണ് ഭൂതം പ്രേതം ഒക്കെ പേടിക്കില്ലേ നമ്മളെ ഇല്ലേ കാണപ്പെടാത്ത വസ്തു അറിയപ്പെടാത്ത വസ്തു ഭയഹേതുവാണ് മൃത്യു ഭയഹേതുവാണ് വളരെ വിചിത്രം മിസ്ട്രിയാണ് നോക്കൂ ഒന്ന് ആലോചിച്ച് നോക്കൂ മരണം എല്ലാരും ഭയപ്പെടുന്ന കാര്യ അല്ലെ മരണത്തിന് പക്ഷെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ വലിയൊരു ചോദ്യമാണ് അതായത് നമ്മൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ നമ്മൾ ഭയപ്പെടുകയാണെങ്കിൽ അർത്ഥം നായ കടിക്കുക അത് കടിക്കും തീ തൊട്ട ചുടും അതുകൊണ്ട് തൊടാൻ പാടില്ല ഭയപ്പെട്ടു അർത്ഥണ്ട് മരണം നമ്മൾ ഇത്രയും കാലത്തിനിടയിൽ അനുഭവിക്കാത്ത ഒരു കാര്യമാണ് പിന്നെ എങ്ങനെ ഭയപ്പെടുന്നു സ്മൃതിയല്ല ഭയം ശരി മറ്റുള്ളവരുടെ മരണം കണ്ടിട്ടാണ് ഭയമെങ്കിൽ മറ്റുള്ളവരുടെ മരണമൊന്നും നമ്മൾ കാണണില്ലല്ലോ ശരീരം അവിടെ തന്നെ കിടക്കേണ്ട പിന്നെ ഉള്ളിലുള്ള ആത്മാവാണെങ്കിൽ ഇപ്പൊ നമ്മൾ വിശ്വസിക്കണമില്ല അല്ലെങ്കിൽ കണ്ടിട്ടുമില്ല പിന്നെ എന്തിന്റെ മരണ മരണഭയം എവിടെയാ നോക്കുമ്പോൾ അതൊരു അജ്ഞാനം മാത്രമാണ് ഒരു ഇഗ്നറൻസ് ഇറ്റ്സ് ഓൺലി മിയർ ഇഗ്നറൻസ് ഭൂതവും പ്രേതവും ഒക്കെ ഭയപ്പെടുന്ന പോലെ മരണത്തിനെ ഭയപ്പെടുന്നു ഈശ്വരനെ ഭയപ്പെടുന്നു പ്രപഞ്ചത്തിൽ പല ശക്തികളെയും ഭയപ്പെടുന്നു ഭയമാണ് നമ്മളുടെ ജീവിതത്തിന്റെ പുറകിലുള്ള ഒരു ഫ്യൂവൽ ഒരു ഫോഴ്സ് ഭയം നീങ്ങാനാണ് വേദാന്തം വേദാന്ത ശ്രവണം ഭഗവത്ഗീതാശ്രവണം ഭയം എന്ന് വെച്ചാൽ ഫിയർ എന്നുള്ള ഒരു ഇമോഷൻ മാത്രമല്ല എനിത്തിംഗ് അദർ ദാൻ യു ക്രിയേറ്റ്സ് പ്രോബ്ലം ടു യു രണ്ടാമതൊരു വസ്തു എപ്പോഴും ഭയഹേതുവാണ് ഭയമെന്ന് വെച്ചാൽ കാമം ക്രോധം ലോപം മോഹം ഒക്കെ ഭയമാണ് ഇഷ്ടപ്പെട്ടവരെ നമുക്ക് വലിയ ഭയക്കാരണമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് എന്താ ഭയം എന്ന് വെച്ചാൽ അയ്യോ അദ്ദേഹം എന്നെ വിട്ടുപോകുമോ ഭയമാണ് ഇഷ്ടപ്പെടാത്ത ആള് വരുവോ ഭയാണ് വന്നിരുന്നു കഴിഞ്ഞാൽ അയ്യോ പോകില്ലേ ഭയമാണ് അത് ഏത് രൂപത്തിലാവട്ടെ രോഗമാവട്ടെ ദുഃഖമാവട്ടെ ഒരു വ്യക്തിയുടെ രൂപത്തിലാവട്ടെ കലാമിറ്റീസിന്റെ രൂപത്തിലാവട്ടെ വരുവോ ഭയം ഇഷ്ടമുള്ളവര് നോക്ക ഏറ്റവും പേടി എല്ലാവർക്കും മനുഷ്യരുടെ ഉള്ളില് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ഭയം എന്താന്ന് വെച്ചാൽ വളരെ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ കൂടെ ഉണ്ട് എപ്പോഴാ പോവാന്നറിയില്ല അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുവോ നമ്മൾ പിരിഞ്ഞു പോകുമോ എന്നുള്ള ഭയം എപ്പോഴും ഉള്ളിലുണ്ടെന്ന് ഈ ഭയത്തിനൊക്കെയാണ് മരുന്ന് ഔഷധം സിദ്ധൌഷധം രാമബാണം ഈ ജ്ഞാന വിചാരണം എന്ന് പറഞ്ഞ ബാക്കിയുള്ള മരുന്നുകളൊക്കെ തന്നെ നമ്മളെ പ്രിപ്പയർ ചെയ്ത് പക്വമാക്കി ഈ ശ്രവണത്തിന് തയ്യാറാക്കി തീർക്കും എപ്പോഴോ ഒരു സന്ദർഭത്തില് നമ്മൾ ജ്ഞാനം എന്നുള്ള ഈ മരുന്ന് കഴിച്ചേ നോക്കൂ ബാക്കിയെല്ലാം നമ്മളിതിനെ തയ്യാറാക്കി കൊണ്ടുവന്ന് ജ്ഞാനം എന്നുള്ള മരുന്ന് വിചാരമെന്നുള്ള മരുന്ന് എപ്പോഴെങ്കിലുമൊക്കെ മനുഷ്യൻ ഉള്ളിലേക്ക് സേവിക്കണം ഭയം നീക്കണം അജ്ഞാനം നീക്കണം ഒന്നും പുതിയതായിട്ട് നേടിയെടുക്കാനിവിടെയില്ല പുതിയതായിട്ട് ഒന്നും പ്രാപിക്കാനിവിടെ ഇല്ല അജ്ഞാനം അങ്ങനെ നീക്കാൻ മാത്രമേ ഉള്ളൂ നമ്മൾ സ്വയം പൂർണ്ണരാണ് പൂർണ്ണത സ്വതസിദ്ധമാണ് അത് ഈഗോവിന്റെ പൂർണ്ണതയല്ല അഹങ്കാരത്തിന്റെ പൂർണ്ണതയല്ല ശരീരത്തിന്റെ പൂർണ്ണതയല്ല അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മള് ഒരു സൈഡിൽ നമ്മളുടെ കോമൺ സെൻസ് തന്നെ നമുക്ക് പറഞ്ഞു തരും ശരീരം പൂർണാവൂല കോമൺ സെൻസ് മതി അതിന് വലിയ ഫിലോസഫി ഒന്നും ആവശ്യമില്ല ദേഹം പൂർണാവില്ല ആരുടെയും ദേഹം പൂർണാവില്ല മഹാത്മാക്കളുടെയും ദേഹം നമ്മളുടെയും ദേഹം ഒക്കെ കാണാം അതൊക്കെ പഞ്ചഭൂതാത്മകമാണ് പ്രകൃതിക്ക് വിധേയമാണ് പൂർണ്ണമാവില്ല അതിന് വ്യാധിയും വാർദ്ധക്യവും മൃത്യുവും ഒക്കെയുണ്ട് വിഷമങ്ങളൊക്കെയുണ്ട് പൂർണ്ണമാവില്ല മനസ്സ് അതും പൂർണ്ണമാവില്ല പുറമേയുള്ള ഒന്നും തന്നെ പൂർണ്ണമാവില്ല ഇത് ആദ്യത്തെ സ്റ്റെപ്പ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ എനർജി മുഴുവൻ ബഹിരംഗത്തിൽ പോയി പോകുമോ അതുകൊണ്ടാണ് ശ്രവണത്തിന് നമ്മൾ മുമ്പിൽ വന്ന് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പുറമേക്ക് തീർന്നിട്ടുണ്ടാവണമെന്നാണ് യു ഷുഡ് ബി ഫിനിഷ് വിത്ത് ദ വേൾഡ് ചെറിയൊരു ഇൻക്വിസിറ്റീവ്നെസ് പോലും അകത്ത് ഉണ്ടാവാൻ പാടില്ല ജിജ്ഞാസാനിവൃത്തി ജിഹാസാനിവൃത്തി പ്രേപ്സാനിവൃത്തി ചികിത്സാനിവൃത്തി എന്തെങ്കിലും അറിയണം എന്നുള്ള ഒരു മൂവ്മെന്റ് എന്തെങ്കിലും പ്രാപിക്കണം എന്നുള്ള മൂവ്മെന്റ് എന്തെങ്കിലും എന്നിൽ നിന്ന് ഉപേക്ഷിക്കാനുണ്ട് എന്നുള്ളൊരു ഭ്രമം ഉള്ളിലില്ല എന്തെങ്കിലും ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ള ഒരു മൂവ്മെന്റ് ഉള്ളിലില്ല ഒരു ചലനം ഉള്ളിലില്ല ഇപ്പൊ ഞാനിപ്പോ ഒരു സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത് ഈ സ്ഥിതി ചിലർക്ക് സഞ്ജാതായിട്ടുണ്ടാവും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സഞ്ജാത ആവും ഒന്നും ഓർത്തോള നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ സ്റ്റേറ്റിലേക്ക് വരും ഈ സ്ഥിതിയിലേക്ക് വരും ലോകം മുഴുവൻ പരീക്ഷിച്ച് പരീക്ഷയ ലോകാന് നിർവേദമായ നിങ്ങൾ സ്വതന്ത്രമായി ജീവിച്ചോളൂ നിങ്ങളോടൊന്നും തടസ്സമേ പറയണില്ല എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോളൂ പക്ഷെ എവിടെയോ ചെറിയൊരു വിളക്ക് കൊളുത്തി വെക്കണം എല്ലാത്തിനെയും സകലതും ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാതെ വിളക്ക് ഉദിക്കയും പിൻ പൊലികയുമില്ല ഇത് കണ്ടുപോയിടേണം സകലതും ഉറ്റുപാർത്തു നിൽക്കും വിളക്ക് ആ വിവേകമെന്നുള്ള വിളക്ക് ആ ദീപം എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എവിടെയോ അകമെ വെച്ചുകൊണ്ട് കുടുംബജീവിതത്തിലും ലോക ജീവിതത്തിലുമൊക്കെ യാത്ര ചെയ്തോളാം കുറെ കഴിയുമ്പോൾ നമ്മൾക്കറിയാം നമ്മൾ കണ്ടെത്തും പൂർണ്ണത പുറം ലോകത്തിലില്ല പൂർണ്ണത ശരീരത്തിലില്ല പിന്നെ പൂർണ്ണത എവിടെയാ എവിടെയാ ഞാൻ വേർ ക്യാൻ ഐ ബിക്കം ഹോൾ ഇംഗ്ലീഷില് ആരോഗ്യമായിട്ടുള്ള ഒരു സ്ഥിതിയെ ഹോൾസം എന്ന് പറയും ചരക സംഹിതയോ മറ്റോ ആയുർവേദ ഗ്രന്ഥം അതില് ചരകൻ പറയണത് ഏറ്റവും ആരോഗ്യമായ ഒരാള് എന്ന് പറയണത് എവിടെയാ എന്ന് വെച്ചാൽ എപ്പോഴാണോ ഒരാൾക്ക് തനിക്ക് ശരീരമേ ഇല്ലാന്ന് തോന്നണത് ഈസ് പെർഫെക്ട്ലി ഹെൽത്തി എന്നാണ് എന്നുവെച്ചാൽ ഇനി ഒരു രോഗം വരാൻ പറ്റില്ല നേരെ മറിച്ച് എന്ത് ചികിത്സിച്ച എന്ത് രോഗം മാറ്റിയാലും ഒരു രോഗം മാറി എന്നല്ലാതെ ഗ്യാരണ്ടി ഒന്നുമില്ല വാങ്ങിക്കണ പാത്രത്തിനും പാത്രത്തിനും മിക്സിക്കും ഗ്രൈൻഡറും ഒക്കെ പോലും ഗ്യാരണ്ടി ഉണ്ട് പക്ഷെ ശരീരത്തിന് ഒരു ഡോക്ടർക്കും ഗ്യാരണ്ടി തരാൻ പറ്റില്ല പറ്റുമോ ഡോക്ടർ ഡോക്ടർ മുമ്പിലുണ്ട് ഒരു ശരീര ഒരു ഡോക്ടർക്കോ മെഡിക്കൽ സയൻസിനോ ഒരു സയൻസിനും ഗ്യാരണ്ടി തരാൻ പറ്റില്ല ഇൻഫാക്ട് ആയുർവേദ നീലകണ്ഠ ദീക്ഷിതർ ചില ശ്ലോകം പറയുന്നുണ്ട് എങ്ങനെയാ ചികിത്സിച്ച് രോഗം മാറണതെന്നുള്ള തന്നെ വൈദ്യന് വലിയ നിശ്ചയമൊന്നുമില്ല ഒരു വൈദ്യന്റെ അടുത്ത് ചെന്നിട്ട് ഒരു കുട്ടി പറഞ്ഞു എനിക്ക് എളുപ്പത്തിൽ വൈദ്യം പഠിക്കണം പഠിപ്പിച്ചു തരുമോന്നു ആ എങ്ങനെയാ ഒരു ശ്ലോകം ചൊല്ലിത്തരാം അത് അർത്ഥം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു വൈദ്യമായി എന്താ ശ്ലോകം എന്ന് വെച്ചാൽ എസ് കെ തരോർമൂലം എസ് കെ തരോർമൂലം ഏനകേന പ്രപേശയത് എസ്മൈ കസ്മൈ ചാതവ്യം യദ്വാ തദ് ഭവിഷ്യത്തി വൈദ്യശാസ്ത്രത്തിൻ്റെ കംപ്ലീഷൻ ആണ് ഇത്രയത് നീലയണ്ട എഴുതിയ ശ്ലോകമാണത് എങ്ങനെയാ മരുന്ന് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും മരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വേര് പറിച്ചെടുക്കാം എന്നിട്ട് എങ്ങനെങ്കിലുമൊക്കെ അത് പിഴിഞ്ഞെടുക്കാം ഏനക്കേന പ്രവേശ്യത്തു എന്നിട്ടോ ആർക്കെങ്കിലും കൊടുക്കുക എന്നാണ് എന്ന് വെച്ചാൽ ഏത് രോഗത്തിന് ഇന്നെ വേരൊന്നും നിശ്ചയില്ല അത്ര ആർക്കെങ്കിലുമൊക്കെ എന്നിട്ട് രോഗം മാറുമോ മാറിയാ മാറാം യവിഷ്യത് ചിലപ്പോ മാറും ചിലപ്പോ മാറില്ല ഈ ശ്ലോകം പഠിച്ചോളൂ എന്നാണ് കാണാതെ പിടിച്ചത് ഫിസിക്കലി നമുക്ക് കാണാം അത് ശരീരമണ്ഡലത്തിൽ വളരെ വിചിത്രമാണ് മായ എന്ന് പറയാൻ കാരണം മായ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു ആൻസർ തരാത്ത ഒരു ശക്തി എന്നാണ് അർത്ഥം മായയ്ക്ക് ഡെഫനിഷൻ ിക്കിനും വഴങ്ങാത്തത് എൻ നയന വിരുദ്ധത്തെ അതുകൊണ്ടാണ് ലോകം എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്തുകൊണ്ട് ശരീരത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്തുകൊണ്ട് നല്ല ആളുകൾ വിഷമിക്കുന്നു ആളുകൾക്ക് പല സംശയങ്ങളാണ് എന്തുകൊണ്ട് മഹാത്മാക്കളുടെ ശരീരത്തിൽ രോഗം വരുന്നു ഇങ്ങനെ പല സംശയങ്ങളാണ് ഇതൊന്നും പെർഫെക്റ്റ് ആയിട്ട് ആൻസർ തരാൻ ആർക്ക് സാധ്യല്ല രാമൻ എന്തിന് ബാലിയെ ഒളിഞ്ഞു നിന്ന് കൊന്നു ഇനിയും തീരാത്ത സംശയമാണ് ഇനിയിപ്പൊ അതോട്ട് തീരാനും പോണില്ല ഇനിയിപ്പോ വാൽമീകിയോടോ രാമനോടോ വേണം ചോദിക്കാൻ അതൊന്നും സാധിക്കില്ല ഇത് ഇതാണ് മായ ഷി വിൽ നെവർ ഗിവ് യു എ പെർഫെക്ട് ആൻസർ നമ്മള് എന്തോ കണ്ടുപിടിച്ചു വിചാരിക്കും നോക്കൂ ഈ സയൻസിന്റെ മുഴുവൻ ഫീൽഡിൽ ഒരു രസം കണ്ടുപിടിച്ചു പെർഫെക്റ്റ് ആയിട്ട് ഒരു ആൻസർ കിട്ടിയെന്ന് വിചാരിക്കും ഒരു കാലഘട്ടം ഒരു ജനറേഷനെ ആ വിശ്വാസത്തിൽ ഇരുത്തും ആ ശക്തി ഒരു ജനറേഷൻ മുഴുവൻ വിചാരിക്കും ഈ ശാസ്ത്രജ്ഞനാണ് ദൈവം അദ്ദേഹം കണ്ടുപിടിച്ചത് ഒരു പെർഫെക്റ്റ് സയൻസാണ് ഒരു ജനറേഷൻ ഒരു അമ്പത് വർഷം കഴിയുമ്പോഴേക്കും വേറെ ഒരാൾ വന്നിട്ട് ഈ പറഞ്ഞത് മുഴുവൻ വിഡിത്താണെന്ന് പ്രൂവ് ചെയ്തിട്ട് ആ തിയറി മുഴുവൻ എടുത്ത് ഡസ്റ്റ്ബിനിലിടും എന്നിട്ട് അയാള് പറയണത് പിന്നൊരു അറുപത് വർഷത്തേക്ക് പെർഫെക്റ്റ് സത്യമാണെന്ന് തോന്നും ഇതിനാണ് മായാൻ പേര് എന്ത് കാണിച്ചു തരുന്നു അത് നമ്മൾ കാണുന്നതാണ് അല്ലാതെ സ്വാതന്ത്ര്യയില്ല അല്ലേ ഇപ്പൊ സ്വപ്നത്തില് ടി വി ഇപ്പോ വീഡിയോ ആണെങ്കിൽ നമ്മൾക്ക് ഇഷ്ട എന്താണ് വീഡിയോ കാസറ്റ് ഇട്ടാൽ അത് കാണാം ടി വിയിൽ അവർ കാണിക്കുന്ന സീരിയലല്ലേ കാണാൻ പറ്റുള്ളൂ അല്ലേ അതും ഇപ്പൊ എന്തൊക്കെയോ ചാനലൊക്കെ ഉണ്ട് പക്ഷെ ഈ സ്വപ്നത്തില് കാണുന്നുണ്ടല്ലോ അവിടെ വല്ല എന്ത്ണിക്കണോ അത് കാണും കാണുക മാത്രമല്ല അപ്പോ വിശ്വസിക്ക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല നമുക്ക് സ്വപ്നത്തില് വിശ്വസിക്ക അല്ലാതെ വല്ല വഴിയുണ്ടോ ആ സമയത്ത് എന്ത് ഇല്ലോജിക്കൽ ആ യുക്തിക്ക് നിരക്കാത്തത് എന്ത് കാണിച്ചാലും ഇൻസൈഡ് ദ ഡ്രീം യു വിൽ നവർ ക്വസ്റ്റിൻ അഥവാ ഒരു യുക്തിചിന്ത നമ്മളുടെ ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മൾ പകുതി ഉണർന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം അതേപോലെ ഈ പ്രകൃതി ഈ ക്ഷേത്രം ഈ ഫീൽഡ് ഇതിനകത്ത് നമ്മളൊരു സ്വപ്നത്തിലാണ് ഉണർന്നിട്ടില്ല അനാദിമായ സ്വപ്തം യഥാജീവപ്രബുദ്ധ്യത അജമനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധിദേമോറിയൽ യു ആർ സ്ലീപ്പിംഗ് എപ്പോഴാണ് തുടങ്ങിയതെന്നറിയില്ല ഉറങ്ങാൻ തുടങ്ങിയിരിക്കണമെന്ന് എന്തൊക്കെയോ കാണിച്ചു തരണതൊക്കെ കാണുന്നു അതൊക്കെ വിശ്വസിക്കണോ ഇതിനകത്ത് എന്തൊക്കെയോ കിടന്ന് കളിക്കണോ കുറേ അധികം ദുഃഖം ഉണ്ടാവുമ്പോൾ സ്വപ്നത്തിന് നമ്മള് സാധാരണ എഴുന്നേക്കണത് സുഖമായ സ്വപ്നം കണ്ട എഴുന്നേക്കില്ല എഴുന്നേറ്റ ഇഷ്ടപ്പെടൂല്ല സുഖമായി സ്വപ്നം കാണുമ്പോ എഴുന്നേപ്പിച്ചു വിട്ടു ദേഷ്യം വരികയാണ് അക്ബർ ചക്രവർത്തിയായിട്ട് സ്വപ്നം കാണുകയാണേ എഴുന്നേറ്റ കഞ്ഞിക്ക് വകയില്ല അഷ്ടിക്ക് മുട്ടിയിട്ടിരിക്കുമ്പോ സ്വപ്നത്തില് അക്ബർ ചക്രവർത്തിയാണെന്ന് കണ്ടു എഴുന്നേപ്പിച്ച ഇഷ്ടമല്ല അല്ല ദാരിദ്ര്യമാണ് ഉണ്ണാൻ വകയില്ല ഒന്ന് നല്ല സന്തോഷമായി അപ്പോൾ സ്വപ്നവും ദുഃഖം വരുമ്പോഴാണ് എഴുന്നേക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണത് അതേപോലെ ഈ ജാഗ്രത്തും വിഷാദും വരുമ്പോഴാണ് യു ആർ റെഡി ടു ഗിവ് ഇറ്റ് അപ്പ് തമിഴിൽ പഴയ ഒരു സിനിമാ പാട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വൈകുന്നേരമായ അടുത്തൊരു സിനിമാ തിയേറ്ററിൽ ആദ്യം ആ പാട്ടോടെയാണ് തുടങ്ങാം കുട്ടിക്കാലം മുതൽ കേട്ടിട്ടുള്ളതാണ് കണദാസന്റെ പാട്ട് ചട്ടി ചുട്ടുതടാ കൈ വിട്ടുതട എന്നത് എപ്പോ ചുടുവോ അപ്പൊ ചട്ടി കൈവിടുന്നതാണ് ചട്ടി ചുട്ടുകൊണ്ടിരിക്കുമ്പോ പിടിപെട്ടണം അല്ലേ അതേപോലെ ലോകത്തിലെപ്പോ ദുഃഖം വരണോ ഈശ്വരന്റെ ഭഗവാന്റെ ഏറ്റവും വലിയ കൃപയാണ് ദുഃഖം എന്ന് പറയുന്നത് ഭഗവാന്റെ കൃപാശക്തിയാണ് ദുഃഖം സർജറിയാണത് ആ ദുഃഖം വരുമ്പോ വിഷമം വരുമ്പോ എല്ലാവർക്കുമുള്ള ചോദ്യമാണ് ഭഗവാൻ എന്തിനീ ദുഃഖം തരണോ ജീവിതത്തിൽ എന്തിനു വിഷമം തരും അത് വരുമ്പോഴേ നമ്മൾ എഴുന്നേക്കുള്ളൂ ഫിസിക്കൽ സഫറിംഗ് ശാരീരികമായ വേദനകളടക്കം ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളെ സർഫസിൽ നിന്നും പെരിഫറിയിൽ നിന്നും സെന്ററിലേക്ക് സ്ഥൂല നിന്നും സൂക്ഷ്മത്തമമായ മണ്ഡലത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധാശക്തിയെ ഇറക്കിക്കൊണ്ടുപോവാനുള്ള ഒരു വേല മാത്രമാണ് പ്രകൃതി മുഴുവൻ കൃപയാണ് കാരുണ്യമാണ് ഭഗവാന്റെ സ്ഥൂല രൂപമാണ് പ്രകൃതിയും ഭഗവാന്റെ ശരീരമാണ് പ്രകൃതി ഇവിടെ കാരുണ്യമല്ലാതെ കൃപയല്ലാതെ ഒന്നുമില്ല അമ്മ പായസം ഉണ്ടാക്കി തരുന്നത് ഒരു സ്നേഹമാണ് അമ്മ ചിലപ്പോൾ രണ്ടു പെട തരുന്നതും സ്നേഹമാണ് തമിഴില് ഒരു മഹാത്മാ പാടി നടരാജാവിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് പാടി അടിച്ചത് പോതും അണൈത്തിടൽ വേണ്ടും അടിക്കുന്ന ആള് തന്നെയാണ് ആലിംഗനം ചെയ്യണത് രണ്ടും ഒരേ ഭഗവാനാണ് ആ ഭക്തൻ പറഞ്ഞു അമ്മ അടിച്ചാൽ അച്ഛൻ ആലിംഗനം ചെയ്യും അച്ഛൻ അടിച്ചാൽ അമ്മ ആലിംഗനം ചെയ്യും എന്റെ കഷ്ടകാലം എനിക്ക് അച്ഛനും അമ്മയും ഒരേ ആളാണ് ഞാൻ പാരെടുത്ത് പോയി പറയും തടിത്ത ഓർ മകനെ തന്നെ ഈർദ് അടിത്താൽ തായുടൻ അണൈപ്പളും തായ് അടിത്താൽ പിടിത്തൊരു തന്നെ അണൈപ്പൻ ഇങ്ങനെ പേശിയ തന്നയും തായും പൊടിത്തിരുമേനി അമ്പലത്താടും പുനിതനി ആദലാൽ എന്നെ അടിത്തത് പോതും അണൈത്തിടൽ വേണ്ടും അമ്മയപ്പിനിയാറ്റേൻ അടിത്തത് പോതും അണൈത്തിടൽ വേണ്ടും അമ്മയപ്പായി ആറ്റിയും തടിത്തവോർ മകനെ തടിക്കുക എന്ന് വെച്ചാൽ ഗുണ്ടായിട്ട് ഇരിക്കുക എന്നർത്ഥല്ല തടിത്തത് എന്ന് വെച്ചാൽ തോന്നിയ വാസം അണൈത്തിടൽൽ വേണ്ടും എന്ന് വെച്ചാൽ ആ ഭഗവത് അനുഭവം ആത്മാനുഭവം ഹൃദയത്തില് ഉണ്ടാവണം എന്ന് പ്രാർത്ഥന ഇപ്പൊ വേദന ദുഃഖം പ്രകൃതിയുടെ ഒരു സൈഡ് ഒരു ഡയമെൻഷനാണ് ജീവിതത്തിന് സമഗ്രമായിട്ട് അറിയണം നമ്മള് കുട്ടിക്കാല മുതൽ യുഗയുഗങ്ങളായിട്ട് പഠിച്ചിരിക്കണ ഒരു കാര്യം സുഖം വേണം ദുഃഖം വരാൻ പാടില്ല എന്നാ ജീവിതത്തിൽ അങ്ങനെ ഒരു നിയമയില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല രാമകൃഷ്ണാദി അവതാരങ്ങൾക്ക് പോലും ഉണ്ടായിട്ടില്ല സുഖം മാത്രമായിട്ടുള്ളൊരു ജീവിതം പക്ഷെ നമ്മളൊക്കെ ആശിക്കണത് സുഖം വേണം ദുഃഖം വരരുത് എന്തെങ്കിലും ദുഃഖം വരുമ്പോ പണിക്കര് മുതൽക്ക് പരമാചാര്യൻ വരെ എല്ലായിടത്തും പോവും പോയിട്ട് ദുഃഖം ഭഗവാൻ രമണ ഭഗവാന്റെ അടുത്ത് ഒരാള് വന്ന് പറഞ്ഞു കാലും കയ്യൊക്കെ ഒരുപാട് വേദനിക്കണം ഞാൻ എന്തു ചെയ്യും വയസ്സ് എൺപത് വയസ്സായി കഴിഞ്ഞു അപ്പൊ മഹർഷി പറഞ്ഞു നിങ്ങള് എന്നെക്കാളും വയസ്സിനും മൂത്ത ആളാണ് കാലും കയ്യൊക്കെ വേദനിക്കണം ഞാൻ എന്ത് ചെയ്യും എന്റെ കാല് നടക്കാനേ വയ്യ ഞാൻ ആരെടുത്ത് പോയി പറയും നമ്മളുടെ പ്രശ്നത്തിന് പരിഹാരം തെരഞ്ഞുകൊണ്ട് നടക്കണം ദുഃഖമില്ലാത്തൊരു ജീവിതം അന്വേഷിച്ച് നടക്കണം പ്രകൃതിയിലത് സാധ്യമേ അല്ല അതേസമയം സുഖത്തിനുള്ള വാഞ്ച നിർവൃത്തിക്കുള്ള വാഞ്ച ദാഹം ഒരു ഒരു പൂർണ്ണതയ്ക്കുള്ള വാഞ്ച ഫുൾഫിൽമെന്റ് അതിനുവേണ്ടി ഒരു വാഞ്ച എവിടെയോ അകമയുണ്ട് അന്വേഷിച്ചുകൊണ്ടേയിരിക്കേണ്ട എവിടെ കിട്ടും എവിടെ കിട്ടും എവിടെ കിട്ടും എങ്ങനെ ഞാൻ പൂർണ്ണനാവും എങ്ങനെ എനിക്ക് സുഖം കിട്ടും ശാന്തി കിട്ടും നിറയവ് കിട്ടും ഫിസിക്കലി സാധ്യമല്ല മെന്റലി സാധ്യമല്ല സൊസൈറ്റി ഓറിയന്റഡ് ആയിട്ട് സാധ്യമല്ല എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ അറിയാൻ തന്നെ ചിലപ്പോൾ കുറെ കാലം പിടിക്കും കാരണം ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകളുണ്ട് നമ്മളെ വന്ന് മയക്കിക്കൊണ്ടുപോകാനായിട്ട് പ്രകൃതിയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ശക്തികളുണ്ട് അതൊക്കെ എന്ത് ഇതൊന്നും വിശ്വസിക്കേണ്ട നിങ്ങൾക്ക് ലോകത്തിലെ പെർഫെക്ഷൻ സാധ്യമാണ് എന്ന് ആളുകൾ പറയും ചിലർ പറയും അങ്ങനെയല്ല മനസ്സിൽ പെർഫെക്ഷൻ സാധ്യമാണെന്ന് പറയും പക്ഷെ ഇതൊക്കെ താണ്ടിപ്പോയി എപ്പോഴോ നമ്മൾ തീരുമാനിക്കും ഇതൊന്നുമല്ല നമ്മൾ ആ ടൈം ആവുമ്പോൾ യു വിൽ ലിസൺ ടു ദ ഹയസ്റ്റ് മെസ്സേജ് എവിടെന്നെങ്കിലും ഒക്കെ നമ്മൾ കേൾക്കും കാക താളിയേ ന്യായേനെ കേൾക്കും എന്നാണ് വെച്ചാൽ കാക്ക ഇരിക്കുമ്പോൾ പനമ്പഴം വേണു എന്ന് പറയുന്ന പോലെ എപ്പോഴന്നെങ്കിലും ഒക്കെ ചെവിയിൽ വന്ന് വീഴും നമ്മൾ ഈ സ്റ്റേറ്റിൽ എത്തി കഴിഞ്ഞാണ് പക്ഷേ ഈ സ്റ്റേറ്റിൽ എത്തുന്നത് തന്നെ വളരെ വിരളാണ് ആളുകളെ എന്തോ നൂള്ളിൽ വിചുണ്ടിരിക്കയാണ് ലോകത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ശരീരത്തിന് വെച്ചുകൊണ്ട് തന്നെ ശരീരത്തിലൊരു പെർഫെക്ഷൻ സാധ്യമാണ് അവസാനം ഡിസലൂഷൻമെന്റും നമുക്ക് വ്യാമോഹം ആ വ്യാമോഹം പോയിപ്പോ ദക്ഷിണാമൂർത്തി സ്ത്രോത്രത്തിൽ ഭഗവത്പാദൻ പറഞ്ഞു ആരാ ഈ ഗുരു ദക്ഷിണാമൂർത്തി എന്ന് വെച്ചാൽ മഹാവ്യാമോഹ സംഹാരിണി എന്നാണ് വ്യാമോഹത്തിന് വേരോട് പിഴുത്തെടുക്കുന്നവനാണ് ഗുരു വ്യാമോഹം എന്ന് വെച്ചാൽ സാധിക്കാത്തത് സാധിക്കുന്നുള്ള ഭ്രമം ഇല്ലാത്തത് ഉണ്ടെന്നുള്ള ഭ്രമം കയറിൽ പാമ്പിനെ കണ്ടിട്ട് കണ്ടതും പോരാ നാട്ടുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞാൽ അത് പാമ്പാണെന്ന് സമർത്ഥിക്കാം അത് ഉണ്ടെന്ന് വിശ്വസിക്കാം ഇതിനാണ് വ്യാമോഹം ഈ വ്യാമോഹം നീക്കാനാണ് വിചാരഹാസിദ്ധൌഷധം വിചാരം എന്ന് പറയുന്നത് ഔഷധം അതാണ് നമ്മളെ ഈ ആറ് ദിവസം ഇനി വരുന്ന ആറ് ദിവസം ചെയ്യാൻ പോണത് കഴിഞ്ഞ അധ്യായം ധ്യാനയോഗമാണ് മനസ്സിനെ അനേക ചിത്തവൃത്തികളായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഏതെങ്കിലും ഒരു വസ്തുവിൽ നിർത്തുന്നത് ധാരണ ഭഗവാന്റെ രൂപത്തിലോ നാമത്തിലോ നിർത്തുന്നത് ധാരണ ക്രമേണ പരിശ്രമം പോലുമില്ലാതെ മനസ്സ് ശാന്തമായിട്ട് നിൽക്കണത് ധ്യാനം ധ്യാനം വാസ്തവത്തില് നമ്മൾ ചെയ്യണതല്ല ഉണ്ടാവണത്താണ് എത്ര ചെയ്യ ആത്മനാ ആത്മാനം പശ്യന്ന് ആത്മനീ തുഷ്യത്തി ഭഗവാൻ പറഞ്ഞു എവിടെയാണോ കേവല ചിന്മാത്രമായിട്ടിരിക്കുന്നത് ആ സ്ഥിതിക്കാണ് ധ്യാനം എന്ന് പേര് ധ്യാനം ഭാവനാത്മകമായിട്ടാവാം ഞാൻ ശരീരമല്ല ഞാൻ ആത്മാവാണ് നിത്യശുദ്ധമായ വസ്തുവാണ് പൂർണ്ണമായ വസ്തുവാണ് ശാന്തി എന്ന സ്വരൂപമാണ് ആനന്ദം എന്റെ സ്വരൂപമാണ് എനിക്ക് യാതൊരു കളങ്കല്ല ആകാശം പോലെ നിർമ്മലമായ പൂർണ്ണമായും ശാന്തമായ നിശ്ചലമായ വസ്തുവാണ് ഞാൻ എന്ന് അനുസ്യൂതം ഭാവന ചെയ്യുന്നത് ധ്യാനമാണ് പക്ഷേ ധ്യാനം വരികയും പോവുകയും ചെയ്യുന്നു ഭാവന മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്ന എന്തും വരികയും പോവുകയും ചെയ്യും അതുകൊണ്ട് ധ്യാനത്തിലിരിക്കുക രാവിലെ എഴുന്നേറ്റ് ദിവസം നമ്മൾ കുറച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ധ്യാനിക്കുക എന്നുള്ളത് ഒരു മനസ്സിന് ചെയ്യാവുന്ന ഏറ്റവും ഉയർന്ന കാര്യമാണ് ധ്യാനസ്ഥിതിയിലിരിക്കാം മനസ്സുണ്ടോ അതിനെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാ ഭഗവത് ധ്യാനത്തില് ആത്മധ്യാനത്തില് ചിത്തവൃത്തികൾ ഉദിക്കാതെ ഇരിക്കുന്നത് ധ്യാനം ചിത്തവൃത്തികൾ ഉദിച്ചുകൊണ്ടേയിരിക്കും അത് മനസ്സിന്റെ സ്വഭാവം അനേക ചിത്തവൃത്തികളായിട്ട് മനസ്സ് അലഞ്ഞുകൊണ്ടേയിരിക്കും ആനയെ തെരുവിൽ കൊണ്ടുപോകുമ്പോൾ തുമ്പിക്കയിൽ പിടിക്കാൻ വല്ലതൊക്കെ കൊടുക്കും പട്ടയോ ചങ്ങലയോ എന്തെങ്കിലുമൊക്കെ പിടിച്ച് നടക്കും അതുപോലെ അല അലഞ്ഞുകൊണ്ടേയിരിക്കുന്ന മനസ്സിനെ ഒരു നാമത്തിലോ ഒരു രൂപത്തിലോ നിർത്തിശീലിക്കണത് ധാരണ അത് തന്നെ സ്വാഭാവികമായി തീർന്ന ധ്യാനം ഈ ധ്യാനയോഗത്തിനെ കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു ഈ അധ്യായത്തില് ഭഗവാൻ ജ്ഞാന വിജ്ഞാന യോഗം എന്നാണ് ഈ അധ്യായത്തിന് പേര് ഇവിടെ ജ്ഞാനം എന്ന് വെച്ചാൽ പ്രകൃതിയെ കാണുന്നത് ജ്ഞാനം കാണുന്നവന് തന്നിലുണ്ടാവുന്ന അനുഭവം വിജ്ഞാനം പ്രപഞ്ചം നമ്മളുടെ മുമ്പിൽ അറിയപ്പെടുന്നുണ്ട് നമ്മളുടെ ശ്രദ്ധ മുഴുവൻ പ്രപഞ്ചത്തിലാണ് ശ്രദ്ധ മുഴുവൻ ലോകത്തിലാണ് ലോകത്തിലതുകൊണ്ട് ശ്രദ്ധ പതിഞ്ഞു പോവാണ് പുറമെ കാണുന്ന വസ്തുക്കളിൽ ശ്രദ്ധ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതിന് അതിൽ നിന്ന് കിട്ടുന്ന അറിവിനാണ് നമ്മൾ സയൻസ് ശാസ്ത്രം എന്ന് പറയണത് ആകാശം ഭൂമി ഗ്രഹങ്ങള് സമുദ്രം അണു ബൃഹത്ത് എല്ലാത്തിനെ അറിവും ശാസ്ത്രമാണ് റിയുന്നവൻ ഇതില് ഗുപ്തമായിട്ട് കിടക്കുകയാണ് എല്ലാത്തിനെയും അറിയുന്നവൻ അറിയുന്ന ആള് ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ നമ്മളുടെ ജീവിതത്തിൽ തന്നെ വെച്ചുള്ള അനേക പ്രശ്നങ്ങളെ നമ്മൾ അറിയണോ പരിഹരിക്കാൻ ശ്രമിക്കണോ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതാണല്ലോ പ്രശ്നം പരിഹാരം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് ഇതാണ് നമ്മളുടെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ളത് നഴ്സറി ക്ലാസ് മുതൽക്ക് പരീക്ഷ പാസായി തോറ്റും എല്ലാത്തിലും ഇത് ഇത് നമ്മളുടെ അഹങ്കാരത്തിന്റെ ഒരു ആഗ്രഹമാണ് സക്സസ് എന്തോന്ന് നേടിയെടുക്ക നേടിയെടുത്താൽ സന്തോഷിക്കും നഷ്ടപ്പെട്ട കരയും സോ ഈഗോ ഈസ് ഓൾവേസ് ഇൻ നീഡ് ഓഫ് ഇൻ തേഴ്സ്റ്റ് ഓഫ് രണ്ടു വേണം അതിന് ശണ്ടകൂട ഈ ക്രിക്കറ്റ് മാച്ച് ഫുട്ബോൾ മാച്ച് ഒക്കെ കാണാൻ ആളുകൾക്ക് എന്താ ഇത്ര ആഗ്രഹം ആരോ രണ്ടുപേര് തല്ലുണു അതിൽ ഒരാളുമായിട്ട് ഞാൻ താതാത്മ്യം പ്രാപിച്ച് മറ്റുള്ളവനെ ജയിക്കാൻ ശ്രമിക്കും ജയിച്ചാൽ സന്തോഷം തോറ്റാ ദുഃഖം രണ്ടും എനിക്ക് സംബന്ധമില്ലാത്ത ഗ്രൂപ്പാണെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റേ ഇല്ല എന്താന്ന് വെച്ചാൽ ഐഡന്റിഫിക്കേഷൻ ഇല്ല വാസ്തവത്തിൽ ഞാൻ എന്നോട് തന്നെ ഉള്ളിൽ നടത്തുന്ന ഒരു കോൺഫ്ലിക്റ്റിനെ പുറമേക്ക് മാച്ച് എന്നും ഗെയിമെന്നും ഒളിമ്പിക്സ് എന്നും ഏഷ്യാടന്നും ഒക്കെ പേര് കൊടുക്കണോ ഇതൊക്കെ ഒരു മനോരോഗത്തിന്റെ വികസിച്ച രൂപങ്ങളാണ് ഒരു പക്ഷെ ഇതാരും പറയില്ല ഇതൊക്കെ വലിയ നമ്മള് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ വലിയ ദിവ്യ ദിവ്യമായ മണ്ഡപങ്ങളാണ് ഇതൊക്കെ പക്ഷെ ഇതൊക്കെ തന്നെ വിചാരകുശലനായിട്ടുള്ള ഒരാൾക്ക് തോന്നും മനോരോഗത്തിന്റെ വികസിച്ച രൂപങ്ങളാണ് ഇതൊക്കെ ഒരു യുദ്ധമാണ് സ്പർദ്ധയാണ് സംഘർഷമാണ് shanti agamayiki kandati aalku he needs no entertainment from the world ananda ashramata vannirikkum swami ramdasin dedte choichu why so much imperfection in the world swami parnu ramdas is only perfection here no imperfection it need not be reformed everything is perfect purna നമ്മുടെ മനസ്സ് ചഞ്ചലമായിട്ട് ഇരിക്കുന്നിടത്തോളം അത് എന്തെങ്കിലും ഒരു ടെസ്റ്റ് ജയം നടത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഈശ്വരന്റെ മേലെ പോലും നമ്മളത് ആരോപിക്കണം നമ്മളുടെ ജീവിതത്തിൽ കുറച്ച് ദുഃഖമൊക്കെ വന്നാൽ ഭഗവാൻ ടെസ്റ്റ് ചെയ്യണം നമ്മളെ അദ്ദേഹത്തിന് നമ്മൾ പരീക്ഷ നടത്തി മാർക്ക് തന്നിട്ട് വേണം അറിയാൻ നമ്മൾ എവിടെ നിൽക്കണമെന്നുള്ളത് ഭഗവാന്റെ പരീക്ഷണം ആകമൊത്ത നമുക്ക് ഈശ്വരൻ എന്ന് പറയണത് ഒരു ഇൻവിജിലേറ്ററൊക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇൻവിജിലേറ്റർ എക്സാമിനർ പോലീസ് അല്ലേ ടെസ്റ്റ് വെളിയിൽ എന്തോ നിണ്ട് എന്തിനെയോ ഭയപ്പെടാൻ ഒരു സാധനത്തിന് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എനിക്കൊരു ടെസ്റ്റ് ഒരു ജയം ഒരു പരാജയം പതിവ് പോലെ പറയാം ട്രെയിൻ ഒന്നും കൂടാതെ കേൾക്കാം പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ നമുക്കുള്ളിൽ കയറും നമ്മളുടെ ജീവിതത്തിലും ദുഃഖവും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോ പ്രശ്നം പരിഹാരം ഇതാണ് നമ്മളുടെ ജീവിതം ചെറിയ ചെറിയ പ്രശ്നം മുതൽക്ക് ഗ്യാസ് തീർന്നു സിലിണ്ടർ കിട്ടിയില്ല എന്നുള്ള പ്രശ്നം മുതൽക്ക് ഇഷ്ടപ്പെട്ടവരുടെ മരണം വ്യാധി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ജീവിതത്തില് പടർന്നു കിടക്കുന്നുണ്ട് ഇതൊക്കെ ദിവസം ദിവസം ദൈനംദിന പ്രശ്നങ്ങളാണ് ഇതൊക്കെ പരിഹരിക്കാണ് നമ്മൾക്ക് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ എന്താ ഒരു പ്രശ്നം വേണം ഒന്ന് പരിഹാരം വേണം ഒരു പ്രശ്നവും ഒരു ദിവസം ഇല്ലെങ്കിൽ നമുക്ക് ബോറടിച്ചു പോവും കാരണം നമുക്ക് ആകെപ്പാടുള്ള എന്റർടൈൻമെന്റ് ഒരു പ്രോബ്ലം ആൻഡ് സൊല്യൂഷനാണ് മനസ്സുള്ളത്തോളം അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് മനസ്സുള്ളത്തോളം അതിന്റെ ചലനം എങ്ങനെയാണ് അതിന് ദുഃഖം വേണം സുഖം വേണം പ്രശ്നം വേണം ആരോടെങ്കിലും ഷണ്ട കൂടണം ചിലരുടെ രോഗം എന്താന്ന് വെച്ചാൽ നേരം വിളിച്ചായാൽ ഒരു പത്ത് മണിവരെ ആരുടെ അടുത്തെങ്കിലും ശണ്ട കൂടണം ഞാൻ പറയണത് തമാശയായിട്ട് തോന്നിയേക്കാം ഇതൊരു രോഗം പലരിലും കാണുന്ന ഒരു പ്രഭാതപിശാശ് ഫോബിയാന്നോ മാനിയാന്നോ പറയാതിന് നേരം വിളിച്ചായാൽ തുടങ്ങും ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം പരിഹാരം പറയാൻ ലോകത്തിലെ ധാരാളം ആളുകളും മനോരോഗ വിദഗ്ധന്മാര് ആരെയും കുറ്റം പറയല്ല നോക്കൂ ഇതൊക്കെ ലോക ശരീരത്തിന് വിദഗ്ധന്മാര് മനസ്സിന് വിദഗ്ധന്മാര് ബുദ്ധിക്ക് വിദഗ്ധന്മാര് കൗൺസിലേഴ്സ് ആ കൗൺസിലർ അദ്ദേഹത്തിന് വലിയ പ്രശ്നമുണ്ട് അത് പരിഹരിക്കാനാണ് ടേബിൾ ഇട്ടിട്ട് ഇരിക്കണത്തെ അമേരിക്കയിൽ വളരെ രസമാണ് എന്താന്ന് വെച്ചാൽ സൈക്കാട്രിസ്റ്റ് ചൈൽഡ് ഇപ്പൊ ഇന്ത്യയില് ഭാരതത്തിൽ ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് ഭ്രാന്താസുപത്രികൾ ബ്രിട്ടീഷ് ഇന്ത്യയില് ബ്രിട്ടീഷുകാർ ആദ്യകാലത്ത് കണ്ട് ആശ്ചര്യപ്പെട്ടതാണ് ഇവിടെ ഭ്രാന്താശുപത്രിയെ ഇല്ല ആദ്യം ഒന്ന് സ്ഥാപിക്ക പിന്നെ നാട് നീള സൈക്കാട്രി ഇപ്പൊ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് ആയി കഴിഞ്ഞു ചൈൽഡ് സൈക്കാട്രിടെ ഒരു ചെറിയൊരു അനക്ഡോഡ് വായിച്ചു അമേരിക്കയിലെ ഒരു ചൈൽഡ് സൈക്കാട്രിസ്റ്റിന്റെ കഥ ഒരു കുട്ടികളെ അടിക്കാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല അവരെ എന്തായാലും പറഞ്ഞ് അനുനയിപ്പിച്ചു കൊണ്ടുപോകണം എന്നൊക്കെ ധാരാളം പറഞ്ഞു കൊടുത്ത് ആളുകൾക്ക് അറിഞ്ഞിട്ട് കുട്ടികളെ വളരെ സൂക്ഷിച്ചാണ് വളർത്തുന്നത് അതും അമേരിക്കയിലൊക്കെ കുട്ടികൾ കുറച്ച് വലുതായി ഇതുപോലെ വയസ്സൊക്കെ ആയിട്ട് തല്ലിക്കളഞ്ഞാൽ അച്ഛനും അമ്മയും അവർ പോലീസ് പിടിച്ചുകൊണ്ട് പോകും വന്നിട്ട് ഇപ്പൊ വിളിച്ചു പറയും കുട്ടികൾ തന്നെ വിളിച്ചു പറയും ആ സ്റ്റേറ്റിലാണ് അപ്പോ ഒരു കുട്ടിയെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയി ആ കുട്ടി ആ വീട്ടിലൊരു സൈക്കിളിൽ കയറിയിരുന്നു ആ വീട്ടിലുള്ള കുട്ടിയുടെ സൈക്കിളും എന്ത് പറഞ്ഞിട്ടും കുട്ടി പറഞ്ഞു ഞാൻ ഇറങ്ങില്ല എന്നുള്ളത് അച്ഛനും അമ്മയും ഒരുപാട് നിർബന്ധിച്ചു നോക്കി കുട്ടി തയ്യാറായില്ല ഇറങ്ങാം അവസാനം അച്ഛനും അമ്മ പറഞ്ഞു ചീത്ത പറയാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല എങ്ങനെ ഇറക്കും ഒരു സൈക്കാട്രിസ്റ്റിനെ വിളിച്ചോണ്ടി വന്നു ചൈൽഡ് സൈക്കാട്രിസ്റ്റ് അദ്ദേഹം കൂടെ ഒരു അസിസ്റ്റന്റിനെയും കൂട്ടിക്കൊണ്ട് സ്കൂട്ടറിൽ വന്നു വന്ന് ആദ്യം തന്നെ അദ്ദേഹത്തിന് ഇത്ര ചാർജ് എന്ന് പറഞ്ഞു എഴുതി കൊടുത്ത് ബില്ലൊക്കെ കുട്ടിക്കും ബുദ്ധിയുണ്ട് കുട്ടി ഇത് കണ്ടുകൊണ്ടിരിക്കണ്ട് ഇയാള് ബില്ല് എഴുതി കൊടുക്കണത് ഒക്കെ കുട്ടിക്കും അറിയാം എന്നിട്ട് പതുക്കെ കുട്ടിയുടെ അടുത്ത് പോയി ചെവിയിൽ എന്തോ പറഞ്ഞു ഒരു എതിർപ്പും കൂടാതെ കുട്ടി സൈക്കിളിൽ ഇറങ്ങി അമ്മയുടെ മടിയിൽ പോയിരുന്നു അവര് ചോദിച്ചു ഇതെങ്ങനെയാ ഞങ്ങൾ എത്ര നേരം പറഞ്ഞോ എന്തൊക്കെയോ പറഞ്ഞു നോക്കിയപ്പം കേട്ടില്ല നിങ്ങൾ എന്തു എന്തു മന്ത്രമാ പറഞ്ഞ് അതൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല അപ്പൊ പോകുമ്പോൾ ഈ അസിസ്റ്റൻസ് ചോദിച്ചു എന്താ സീക്രട്ട് ഒരു സീക്രട്ടും ഇല്ല കുട്ടി എന്നെ കണ്ടപ്പോ മനസ്സിലാക്കി ഞാൻ പ്രൊഫഷണൽ ആണോന്ന് കുട്ടിക്ക് അറിഞ്ഞു അതുകൊണ്ട് ഞാൻ പണമൊക്കെ വാങ്ങിച്ചപ്പോ വളരെ സീരിയസ് ആണെന്ന് കുട്ടിക്ക് അറിയാം എന്നിട്ട് കുട്ടിയുടെ അടുത്ത് പോയി പറഞ്ഞു നോക്കൂ നിന്നെ സൈക്കിളിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കണത് അതിനെ അച്ഛനും അമ്മയും വിളിച്ച് പണം തന്നിരിക്കുകയാണ് എന്നെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നല്ല പൂശു പൂശും കുട്ടി ചമു വളരെ വളരെ സാധുവായിട്ട് ഇറങ്ങി അച്ഛനും അമ്മയുടെയും മടിയിലിരുന്നു എല്ലാത്തിനും പ്രശ്നത്തിന് പരിഹാരത്തിന് ലോകത്തിൽ എവിടെ എന്ത് കിട്ടും നോക്കാമോ അവസാനം നാട്ടുമരുന്ന് നോക്കണം എല്ലാ പ്രശ്നങ്ങളും കണ്ട് കോൺഫ്ലിക്ട്സൊക്കെ കണ്ട് ഭഗവാൻ രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു ശ്രുതി വിപ്രതിപന്നാതെ യഥാസ്ഥാസ്യതി നിശ്ചല സമാധോ അചലാ ബുദ്ധി തഥാ യോഗമവാപ്സി പുറമേക്ക് ഉള്ള ഈ കോൺഫ്ലിക്ട്സൊക്കെ കണ്ട് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ചിത്രം നിശ്ചലമാവും അപ്പൊ നമ്മൾ കാണും എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കണതും നമ്മളുടെ പൂർണ്ണത്വത്തിന് കാരണമായിട്ടുള്ളതുമായ വസ്തു എല്ലാത്തിനെയും ഒരു ക്ഷണത്തില് ഇല്ലാതാക്കുന്നതായൊരു പൂർണ്ണ വസ്തു നമ്മളുടെ ഉള്ളില് ഓൾറെഡി ഉണ്ട് നമ്മളൊക്കെ അതാണ് നമ്മളുടെ സ്വരൂപം തന്നെ അതാണ് തമേവൈകം ജാനധ ആത്മാനം അന്യാവാചോ വിമുഞ്ച ഒരു കുഴപ്പമേ ഇവിടെ ഉള്ളൂ അജ്ഞാനം ഉന്നൈ നീ തെരിന്തായാകിൽ ഉനക്കുവോർ കേടുമില്ല കൈവല്യ നവനീതത്തില് ഒരു പാട്ടാണ് മുന്നേ നീ തെരുന്തായാകിൽ തെരുന്തുകൊണ്ടാൽ ഉനക്ക് ഓർ കേടുമല്ലേ എന്റെ സ്വരൂപം എന്താണെന്ന് നീ അറിഞ്ഞാൽ ഞാൻ എന്റെ സ്വരൂപം എന്താണെന്ന് അറിയുമ്പോ ഈ ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ശരീരത്തിനെ ബാധിക്കുന്നത് മനസ്സിനെ ബാധിക്കണതൊക്കെ പെരിഫറിയിലുണ്ട് ഇതൊന്നുമല്ല എന്റെ സ്വരൂപം പിന്നെ ഈ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് അന്യമായ എനിക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ട് അസ്തിത്വം ഉണ്ടാവും ഇതിനെ മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബോധമുണ്ടാവും അറിവ് ഉണ്ട് എന്നുള്ള അറിവുണ്ട് പ്രപഞ്ചം കാണപ്പെടുന്നു പ്രപഞ്ചം അറിയപ്പെടുന്നു അറിയുന്നവൻ ജ്ഞാനം വിജ്ഞാനം പെർസെപ്ഷൻ എക്സ്പീരിയൻസ് പ്രതീതി അനുഭവം ഈ കാണപ്പെടുന്നത് ഇന്ദ്രിയ പ്രത്യക്ഷമായി പ്രപഞ്ചത്തിലെ എല്ലാ കോൺഫ്ലിക്ട്സും പ്രശ്നങ്ങളും ദ്വന്ദ്വങ്ങളും ത്രിപുട്ടിയും ഒക്കെ ഉണ്ട് സുഖം ദുഃഖം എല്ലാം ഉണ്ട് പക്ഷേ ഈ സെന്ററിലേക്ക് പോയാൽ ഈ കേന്ദ്രത്തിലേക്ക് പോയാൽ ഹൃദയസ്ഥാനം നമ്മളതിന് ഹൃദയം എന്ന് പറയണം ആ ഹൃദയസ്ഥാനത്തിന് പോകുമ്പോൾ അവിടെ എപ്പോഴും പൂർണ്ണമാണ് എപ്പോഴും ആനന്ദമാണ് എപ്പോഴും ശാന്തിയാണ് എല്ലാ ദുഃഖത്തിന്റെ നടുവിലും അവിടെ ആനന്ദമാണ് ശാന്തിയാണ് ശിവമാണ് ആ പൂർണ്ണത്വത്തിനെ ശ്രദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് സത്സംഗത്തിന്റെ ഋഷികളുടെ അധ്യാത്മത്തിന്റെ ജോലി ലോകത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല മനസ്സിലുള്ള പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാനല്ല ഇതൊക്കെ അതേപടി നിൽക്കുക With all confusion, you see a center where you are absolutely perfect. Holy Shantam, Purnam. That Purnatvam is not a place. That is not a place. That Purnatvam is not a place. That is not a place. That Purnatvam മെഡിറ്റേഷൻ കൊണ്ട് നേടിയെടുത്തതല്ല അതുകൊണ്ട് മെഡിറ്റേഷൻ നിർത്തിയാൽ അത് പോവില്ല ആ പൂർണ്ണത്വം ശരീരം കൊണ്ടുള്ളതല്ല അതുകൊണ്ട് ശരീരം ശിഥിലമാവുമ്പോ അത് ശിഥിലമാവില്ല മനസ്സ് ചഞ്ചലമാവുമ്പോഴും അത് ബാധിക്കപ്പെടില്ല ഒരു ഭാവനയിലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക unconditional freedom unconditional perfection unconditional bliss nirapekshamaya sukham nirapekshamaya swatantryam nirapekshamaya shanti nirapekshamaya anandam nirapekshamaya poornata nirapekshamaya aarogyam അതാവട്ടെ നമുക്ക് സ്വതസിദ്ധമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ സത്സംഗത്തില് ഇപ്പൊ സാധിക്കണതാണ് അതുകൊണ്ട് തന്നെ പലരും ചോദിക്കും എന്നോട് സത്സംഗം ഗീത പറഞ്ഞു എത്ര പേർക്ക് എന്തൊക്കെ പ്രാക്ടിക്കലായിട്ട് അവർ ചെയ്തു എന്നൊക്കെ ചില ആളുകൾ എന്നോട് ചോദിക്കും പറഞ്ഞു ഞാൻ പ്രാക്ടിക്കലായി ചെയ്യേണ്ട കാര്യം പറയാറേ ഇല്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതില് ഹതാശനാവണമില്ല അവരൊന്നും ചെയ്യണില്ലല്ലോ എന്നൊന്നും എനിക്ക് തോന്നില്ല കാരണം ചെയ്യാൻ ഞാൻ ഒന്നും പറയാറില്ല അത് വെറും ഇല്യൂഷനാണ് ഹോംവർക്ക് ചെയ്ത് ചെയ്ത് പഠിച്ചിട്ട് എന്തോ ചെയ്യാൻ കൊടുക്കണം പിന്നെ ചെയ്യണം ഒന്ന് ചെയ്യാനില്ല ഇത്രയും കാലമായിട്ട് നിങ്ങൾക്കൊരു ഹോംവർക്കും തന്നിട്ടില്ല ഒന്ന് ചെയ്യാനില്ല ഈ ഇരിക്കുന്ന സമയം എപ്പോഴെങ്കിലും ഒരു ക്ഷണ നേരം നമ്മളുടെ ഇരുപ്പ് ഞാനുണ്ട് എന്നുള്ള അനുഭവം അസ്തിത്വം അവിടെ ശ്രദ്ധ ഒരു ക്ഷണമല്ല എത്രയോ ക്ഷണം നിങ്ങളൊക്കെ ആ സ്ഥിതിയിലിരുന്നിട്ടുണ്ട് എത്രയോ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ ഗംഗയില് ആ മാനസ തീർത്ഥത്തില് നിങ്ങൾ ഒന്ന് കുളിച്ചിട്ടുണ്ട് അത് മതി നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ കുഴപ്പമുണ്ടാവട്ടെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കുഴപ്പമുണ്ടാവട്ടെ നിങ്ങൾ എന്തൊക്കെ പാപം ചെയ്തവരോ പുണ്യ ചെയ്തവരോ എന്ത് വേണമെങ്കിലാവട്ടെ അതൊക്കെ സർഫസ് ആണ് നാരദ മഹർഷി പറയണു ഹിരണ്യ കശ്യുപുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയാണ് ധർമ്മപുത്രടുത്ത് അവനെ സാധാരണ ആളായിട്ട് കണക്കാക്കേണ്ടെന്ന് അവൻ എത്ര വലിയ ദുഷ്ടൻ എന്ന് പറയുമ്പോൾ നാരദൻ പറയാണ് നിരന്തര സമാധിയിലാണമെന്ന് അന്റെ ശരീരത്തിന്റെ ഘോരതയൊന്നും കണ്ട് കണക്കാക്കേണ്ട സംരംഭ സംഭൃത സമാധി അനുബദ്ധയോഗവും ഇവിടെ ദുഷ്ടൻ ആരുമില്ല സർഫസിൽ ദുഷ്ടനായിരിക്കും എങ്കിലും ഉള്ളിൽ പൂർണ്ണനാണ് സർഫസിൽ നല്ല ആളായിരിക്കും എങ്കിലും ഉള്ളിൽ പൂർണ്ണനാണ് കാരണം പൂർണ്ണമല്ലാത്ത ഒരു വസ്തുവിടെ ഉണ്ടാവാൻ പറ്റില്ല അപൂർണത ഉണ്ടാവാനേ പറ്റില്ല രാഗദ്വേഷാദികളൊക്കെ സ്ക്രീനിലെ സിനിമ ഒന്നും സ്ക്രീനിനെ തൊടില്ല എല്ലാ ദോഷങ്ങളും സ്ക്രീനിൽ കണ്ടാലും സ്ക്രീനിൽ എന്തെങ്കിലും ഒരു സ്ക്രാച്ച് ഉണ്ടാവോ അതുപോലെ നിങ്ങളിൽ കാണുന്ന ദോഷമൊന്നും തന്നെ നിങ്ങളുടെ സെന്ററിലുള്ള നിങ്ങളുടെ ഉണ്മയായ സത്തയിൽ അസ്തിത്വത്തില് നിങ്ങളുടെ ഇരിപ്പില് ഒരു കളങ്കവും ഏൽപ്പിക്കില്ല ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല കാരണം നിങ്ങൾ പൂർണ്ണരാണ് ആ പൂർണ്ണതയ്ക്ക് കളങ്കം വരുത്താൻ ഈ ശരീരത്തിനോ മനസ്സിനോ നിങ്ങളുടെ അഹങ്കാരത്തിനോ സാധ്യമേയല്ല അത് പറയുമ്പോ തന്നെ നോക്കുക നിങ്ങളുടെ റിയാക്ഷൻ ആനന്ദം ആനന്ദം എവിടുന്ന് വരുന്നു പൂർണ്ണത എന്താണ് കാരണം ആ സെന്ററിൽ ആ പൂർണ്ണത ഉണ്ട് ആ പൂർണ്ണതയെ നിങ്ങൾക്ക് ഒരു കർമ്മം കൊണ്ട് ആക്ഷൻ കൊണ്ട് ഒരു പ്രോസസ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല യു ഹാവ് ടു ജസ്റ്റ് അഫേം ആൻഡ് റെക്കഗ്നൈസ് ഇട്ട് കർമ്മം കൊണ്ട് വെളിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കർമ്മം കൊണ്ട് ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാം പക്ഷെ അതൊക്കെ തന്നെ എക്സസൈസ് ചെയ്താൽ വയറ് കുറയും എക്സസൈസ് നിർത്തിയാൽ ഡൈനിങ് ടേബിൾ വരും മുമ്പിൽ എന്താ കർമ്മം അങ്ങനെയാണ് ഒരു ബലം പ്രയോഗിക്കൂ നിൽക്കും ബല കൈവിടൂ പൊന്തും പക്ഷെ ജ്ഞാനം വസ്തുവിന്റെ സ്വഭാവത്തിനെ മാറ്റണില്ല ജ്ഞാനം കാണിച്ചു തരുന്ന ഒരു വിളക്ക് അത്രമാണ് അത് നമ്മളുടെ സ്വാഭാവികമായ സ്ഥിതിയെ കാട്ടിത്തരാണ് നമ്മൾ സ്വയമേവ പൂർണ്ണരാണ് നിജബോധ സ്വരൂപ ആ പൂർണ്ണത നമ്മള് പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ റെക്കഗ്നൈസ് ചെയ്യും തോറും നമ്മൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ശ്രദ്ധ ആ വസ്തുവിൽ വീണാൽ പിന്നെ ഒരിക്കലും ആ പൂർണ്ണത പോയി എന്നുള്ള പ്രതീതി ഉണ്ടാവില്ല അതേസമയം ഓർത്തുള്ള ലോകത്തിലുള്ള പ്രശ്നമൊന്നും പരിഹരിക്കപ്പെടില്ല ശരീരത്തിലോ പ്രപഞ്ചത്തിലോ പ്രശ്നപരിഹാരമല്ല ഉള്ളിലെ പ്രശ്നമേ ഇല്ല യു ആർ ജസ്റ്റ് ഡിസോൾവിംഗ് ദ പ്രോബ്ലം not സോൾവിംഗ് ദ പ്രോബ്ലം സുഷുപ്തിയിൽ എങ്ങനെ ചെയ്യണോ അതുപോലെ ഡീപ്പ് സ്ലീപ്പ് അവിടെ ശരീരമില്ല അവിടെ മനസ്സില്ല അവിടെ ബുദ്ധിയില്ല അവിടെ അഹങ്കാരമില്ല സുഖമായിരുന്നു എന്ന് പറയണു ഒന്നും അറിഞ്ഞില്ല സുഖമായിട്ടിരുന്നു ആ സുഖം എവിടെ എന്തെങ്കിലും ചെയ്തിട്ട് നേടിയില്ല സ്വാഭാവികമായ സുഖം സ്വതസിദ്ധമായ സുഖം ആനന്ദം ഈ ആനന്ദം നമ്മളുടെ ഉള്ളിൽ അകമേ നമുക്ക് സിദ്ധമാണ് ഉണ്ട് ആനന്ദാണോ ഉള്ളത് ദുഃഖമല്ല എന്തെങ്കിലും ദുഃഖം വന്നാൽ നമ്മൾ ചോദിക്കുമില്ലേ എന്തുകൊണ്ട് ദുഃഖം ചോദിക്കുമില്ലേ കാരണം ദുഃഖത്തിനൊരു കാരണം വേണം സുഖമായിട്ടിരിക്കുമ്പോ എന്തുകൊണ്ട് സുഖമായിട്ട് ഇരിക്കണം എന്ന് ചോദിക്കോ ആരോഗ്യമായിട്ടിരിക്കണം ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്താ ഹാർട്ട് അറ്റാക്ക് വരാത്തത് ചോദിക്കോ നിങ്ങൾക്ക് എന്താ ക്യാൻസർ വരാത്തു ചോദിക്കോ സന്തോഷമായിട്ടിരിക്കുമ്പോ എന്തുകൊണ്ട് സന്തോഷമായിട്ടിരിക്കണോ എന്ന് ചോദിക്കോ ചോദിക്കില്ല നമുക്ക് സ്വതസിദ്ധമാണിത് ശാന്തി സ്വതസിദ്ധമാണ് ആനന്ദം സ്വതസിദ്ധമാണ് ഒന്നും ചെയ്യേണ്ട ശാന്തിക്ക് എന്ത് ചെയ്യണോ ശാന്തിയാണ് ഉള്ളത് ശാന്തിയാണ് ആത്മസ്വരൂപം ശാന്തിയാണ് ജ്ഞാനം ശാന്തിയാണ് മുക്തി ശാന്തിയാണ് ഭഗവാന്റെ സ്വരൂപം ശാന്തോയമാത്മാതി തന്നെ ആത്മാവിനെ ഡെഫനീഷൻ കൊടുക്കണത് ഒരാൾ ചോദിച്ചു എന്നോട് ഈ ആത്മാ ആത്മാ എന്ന് പറയുന്നത് എന്താ അത് ഒരു വലിയ വളക്ക് പോലെ ജ്യോതി പോലെ ഉള്ളിൽ അറിയപ്പെടുമോ സിംപിൾ ഡെഫനീഷനാണ് ഇറ്റ് ഈസ് നത്തിംഗ് ബട്ട് പീസ് ശാന്തി എല്ലാവർക്കും അനുഭവണ്ട ചിലര് കൊറച്ചുനേരം അനുഭവിച്ചിട്ടുണ്ടാവും സത്സംഗത്തിലിരിക്കുമ്പോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു പ്രശ്നവുമില്ലാതെ സാധാരണ കുട്ടികൾ പറയും സ്കൂള് കഴിഞ്ഞ് വെക്കേഷൻ തുടങ്ങുമ്പോ വൈകുന്നേരം സ്കൂൾ പൂട്ടിയിട്ട് രണ്ടു മാസം വെക്കേഷൻ ലാസ്റ്റ് ദിവസം പൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഒരു സന്തോഷം ഒരു കുട്ടി എന്നോട് ചോദിച്ചു ഈ എന്താ ഈ മുക്തി മുക്തി എന്ന് പറയണല്ലോ എന്താ അത് ചോദിച്ചു അപ്പൊ കുട്ടിയോട് പറഞ്ഞു കൊടുത്തതാണ് വെക്കേഷന് സ്കൂൾ പൂട്ടിയിട്ട് വീട്ടിൽ വരുമ്പോ എങ്ങനെയുണ്ടാവും സന്തോഷം മുക്തി ഇസ് ഇറ്റേണൽ ഹോളിഡേ ഈ രണ്ടു മാസം കഴിഞ്ഞ് പതുക്ക് പതുക്ക് ടീച്ചർമാരുടെ മുഖമൊക്കെ മുമ്പിൽ വരും ഹോം വർക്ക് ബുക്കൊക്കെ മുമ്പിൽ വരും എക്സാമിനേഷൻ പ്രോജക്ട് ഒക്കെ മുമ്പിൽ വരും അല്ലെ ഇതൊന്നുമില്ല ഇറ്റേണൽ ഹോളിഡേ അതാണ് ഹോളി ഡേ ആണത് ഹോളിഡേ ഹോളി ഡേ ആനന്ദമാണ് ശാന്തിയാണ് നിർവൃത്തിയാണ് സ്വതസിദ്ധമാണത് അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലാതെ ഈ സത്സംഗം ഇപ്പൊ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാനോ ഗീത പഠിപ്പിക്കാനോ ശ്ലോകം പഠിപ്പിക്കാനോ ഒന്നുമല്ല ഇറ്റ് ഈസ് പോസിബിൾ പോസിബിലിറ്റി ഈസ് ഓൾറെഡി ദയർ യു ആർ പൊട്ടൻഷ്യലി ദാറ്റ് മുക്തിയുടെ ബീജം നമ്മളുടെ അകമേണ്ട് നമ്മൾ മുക്തരാണ് മുക്തി നമുക്ക് സ്വതസിദ്ധമാണ് ശാന്തി സ്വതസിദ്ധമാണ് ആനന്ദം സ്വതസിദ്ധമാണ് നൈർമ്മല്യത സ്വതസിദ്ധമാണ് ആനന്ദ്ദ്യേ വഖൽ വിമാനി ഭൂത ജാൻ ആനന്ദന ജാത ജീവന്തി ആനന്ദം പ്രയന്ത് അപ്പി സംവിശന്തീതി വേദത്തിന്റെ മീമാംസയാണത് ആനന്ദ മീമാംസ എന്നാണ് പ്രപഞ്ചത്തിന് സോഴ്സ് എന്താണ് എന്തിലാണ് മനുഷ്യർ നിൽക്കുന്നത് എവിടേക്കാണ് വീണ്ടും ലയിച്ചു ചേരുന്നത് എന്ന് ചോദിച്ച് മാറ്ററാണെന്നും എനർജിയാണെന്നും മൈൻഡാണെന്നും ഒക്കെ അന്വേഷിച്ച് അവസാനം പറഞ്ഞു ആനന്ദമാണെന്നാണ് ആനന്ദമാണ് ആനന്ദത്തിലാണ് ജനിക്കണത് ആനന്ദത്തിലാണ് നിൽക്കണത് ആനന്ദത്തിനെ അന്വേഷിച്ചുകൊണ്ടാണ് എല്ലാ മൂമെന്റും ആനന്ദത്തിലാണ് ലയം നമ്മളൊക്കെ ആനന്ദ സ്വരൂപിക്കണം ദുഃഖം വെറുതെ ഡ്രാമിലെ ഒരു വേഷം മാത്രമാണ് സ്വാമി രാമദാസിനടുത്ത് ഒരാള് ചെന്ന് പറഞ്ഞു എനിക്ക് വല്ലാതെ വിഷമുണ്ട് സംസാര ദുഃഖമൊക്കെ പറഞ്ഞു കഴിഞ്ഞു കരഞ്ഞ് സ്വാമി എന്തെങ്കിലുമൊക്കെ പരിഹാരം പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ രാമനാമം ജവിക്കൂ ദുഃഖം മാറുന്നെങ്കിലുമൊക്കെ പറയുന്നൊക്കെ വിചാരിച്ചാൽ ഉറക്കെ ചിരിക്കുകയാണ് സ്വാമി ഉറക്കെ ചിരിച്ചു അപ്പോ അത് എക്സ്റ്റാറ്റിക് ലവ് എന്ന് വെച്ചാൽ അത്ര ആ ആനന്ദം ആനന്ദമായിട്ട് ചിരിച്ചു ഇയാളോ തന്റെ വിഷമൊക്കെ പറഞ്ഞ് കരയാണ് സ്വാമി ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു റാം യു ക്യാൻ നോ മോർ ഡിസീവ് റാംദാസ് ഈ ദുഃഖം വിഷമം പറഞ്ഞ ആളോട് പറയാണ് നീ രാമനാണ് നീ എന്നെ പറ്റിക്കേണ്ട എന്നാണ് എന്റെ മുമ്പിൽ വന്ന് വേഷം കെട്ടി എനിക്ക് ദുഃഖമുണ്ട് ഞാൻ സംസാരിയാണ് എന്നൊന്നും പറഞ്ഞ് പറ്റിക്കേണ്ട നൗ രാംദാസ് കെൻ സീ ത്രൂ യു നിന്റെ ഉള്ളിൽ കാണാൻ പറ്റും എനിക്കിപ്പോ കാണാം നീ രാമനാണ് ആ ദർശനം അതിനാണ് അമൃത ദൃഷ്ടി എന്ന് പേര് ആ ദർശനം തന്നെ ആ ദുഃഖം എന്ന് പറഞ്ഞിരുന്ന ആളുടെ ദുഃഖമൊക്കെ മാറ്റി വാസ്തവത്തിൽ ആത്മജ്ഞാനം ഉണ്ടാവണത് ഉപദേശം കൊണ്ടോ സാധന കൊണ്ടോ അല്ല വളരെ തീവ്ര മുമുക്ഷുവായ ഒരാള് ഗുരുവിന്റെ അടുത്ത് പോകുന്നു ഗുരു നിന്നെ ഞാൻ ശിഷ്യനായിട്ട് എടുക്കാം എന്നൊന്നും പറയണില്ല ഗുരുവിന് ആത്മാവിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല അതുകൊണ്ട് ഈ വരുന്ന ശിഷ്യനെ ഗുരു തന്റെ തന്നെ സ്വരൂപമായിട്ട് ഐക്യഭാവത്തോടുകൂടെ നോക്കിയാൽ മതി വിഷൻ can instill self-knowledge. ിൽ <laughs> സെൽഫ് <laughs> നോളജ് ഒരു നോട്ടം എന്ന് വെച്ചാൽ അത് അത്ര ഫോഴ്സ്ഫുള്ളാണ് നമുക്കറിയാം ലൗകികമായ ഇമോഷൻസ് പോലും നോക്കിയിട്ട് നമ്മൾ കൺവേ ചെയ്യേണ്ട അല്ലേ കാമം കോപം രാഗദ്വേഷങ്ങളൊക്കെ തന്നെ ഒരാൾ നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവണുണ്ട് എത്ര സിനിമാ പാട്ടുകളാണ് നോട്ടത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ ആളുകൾക്ക് ഈ ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങൾ തന്നെ ഈ നോട്ടത്തിനെ കുറിച്ച് എത്രയുള്ളപ്പോ മഹാപുരുഷന്മാരുടെ നോട്ടം മൃഗനാർ സ്വാമികൾ രമണ ഭഗവാന്റെ ആ നോട്ടത്തിനെ കുറിച്ച് തന്നെ അനേകം പതികങ്ങളാണ് തിരുക്കണ്ണൂക്കം അണ്ണാമലൈ രമണൻ കണ്ണാൽ പെയ്യും കരുണൈ എന്നുവെച്ചാൽ ആ നോട്ടം എന്താ അർത്ഥം നോട്ടത്തിന്റെ വ്യാഖ്യാനമാണ് തത്വമസീന നോട്ടം എന്നോട് ഞാൻ ദയ കാണിക്കലൊന്നുമല്ല നീ ഞാനും ഞാൻ തന്നെയാണ് നീ നിത്യശുദ്ധമായ വസ്തുവാണ് നീ എന്ന് പറഞ്ഞുള്ള ആ വെരി വിഷൻ പെനട്രീറ്റിംഗ് വിഷൻ ആ ദർശനം തന്നെ ഉള്ളില് സോഹമസ്മി എന്നുള്ള അനുഭവത്തിന് ഉണ്ടാക്കണം പൂർണ്ണത ഉണ്ടാക്കണം ജ്ഞാനികളുടെ ഉപദേശമൊന്നും ആവശ്യമില്ല യോഗവാസിഷ്ടത്തിൽ പറയണു മഹാപുരുഷന്മാരുടെ അടുത്ത് ചെന്ന് രാഷ്ട്രീയമാണ് വരണതെന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവര് ഭാഗവതമോ ഗീതയോ തന്നെ വരണമെന്നൊന്നുമില്ല എന്നാണ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല ലൗകികന്റെ അടുത്ത് പോയി ഭഗവത്ഗീത പഠിക്കുന്നതിനേക്കാളും നല്ലതാണെന്ന് ജ്ഞാനികളുടെ അടുത്ത് പോയി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്നാലും കുഴപ്പമില്ല എന്ന് വെച്ചാൽ ആ സാന്നിധ്യം തന്നെ മതി സാന്നിധ്യത്തിന്റെ പവർ എന്താന്ന് വെച്ചാൽ ദേ ആർ ക്യാരിയിങ് എ ഫോഴ്സ് വിറ്റ് ഇസ് നോട്ട് മേഡ് ഓഫ് മൈൻഡ് നമ്മൾക്ക് ഫിസിക്കൽ കോണ്ടാക്റ്റും മെന്റൽ കോണ്ടാക്റ്റുമാണ് ലോകത്തിൽ മുഴുവൻ സത്സംഗം എന്ന് പറയുമ്പോ മനസ്സിനപ്പുറം പോയി ചിത് ശക്തിശേതനാരൂപ ജഡശക്തി ജടാത്മിക എളുതാസഹസ്രനാമത്തിൽ രണ്ട് നാമാണത് ഈ ചിത് ശക്തി മാത്രമായിട്ടിരിക്കുന്നവനാണ് ഞാനി അവന്റെ സാന്നിധ്യം ദർശനം അത്രയൊക്കെ മതി കാരണം അയാള് ദർശിക്കുന്ന വസ്തു നമുക്കറിയാം അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവണത് ചിലതൊക്കെ രണ്ടുപേര് തമ്മില് സത്സംഗത്തിന് തന്നെ വന്നിരിക്കും എന്തെങ്കിലുമൊക്കെ ഇവിടെ പറഞ്ഞാൽ ഭാര്യ മുമ്പിലിരിക്കണ്ടാവും ഭർത്താവ് ചിലപ്പോ ബാക്കിൽ ഇരിക്കേണ്ടാവും നോക്കിയിട്ട് കണ്ണുകൊണ്ടിങ്ങനെ കാട്ടും ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എന്നാണ് അർത്ഥം അദ്ദേഹത്തിനും മനസ്സിലാവും ചിരിച്ചറും യു നീഡ് നോട്ട് സ്പീക്ക് അല്ലെ ചെറിയ കാര്യം അതിനേക്കാളും ഒക്കെ വലുതാണ് ഒരേ ഒരു ദർശനം മൃഗനാഥ് സ്വാമികൾ ഭഗവാൻ രമണ ഭഗവാനെ കുറിച്ചൊരു പാട്ട് ആ പാട്ട് എഴുതുന്നതിന് കാരണം ഒരു ദിവസം രമണ മഹർഷി അധികം തിരക്കൊന്നും വരുന്നതിന് മുമ്പ് രമണാശ്രമം ചെറിയ കുടീരം മാത്രമാണ് ആ സമയത്ത് ഒരു ദിവസം ഉച്ചയ്ക്ക് ആരുമില്ലാത്ത സമയം നോക്കി നടന്നു പുറകെ കൂടെ പോയി കാവ്യകണ്ഠ ഗണപതി മുനി അദ്ദേഹം വലിയ തപസ്വിയായി കാവ്യകണ്ഠ ഗണപതി മുനിയെ വിളിച്ചുകൊണ്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി മൂന്ന് പേർ രമണമഹർഷി കാവ്യകണ്ഠ ഗണപതി മുനി വിശ്വനാഥസ്വം മൂന്നുപേരും കാട്ടിന്റെ ഉള്ളിലേക്ക് മലയുടെ ഉള്ളിലേക്ക് കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി കുറെ കഴിഞ്ഞപ്പോണ്ട് ഈ എന്ന് പറയുന്നത് വലിയ ഭക്തൻ പരമഭക്തൻ മഹർഷിയെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വായു വളർന്നു നോക്കിക്കൊണ്ടിരിക്കും ഒന്നും ചെയ്യാം ലോകമേ മറന്നുപോയി മഹർഷിയെ കണ്ടതോടുകൂടെ അദ്ദേഹത്തിന് ലോകമേ മറന്നുപോയി ആ മഹാത്മാവ് ആശ്രമത്തിൽ മഹർഷിയെ കാണാനില്ല എവിടെ നിന്ന് അന്വേഷിച്ചു ആർക്കും അറിയില്ല എവിടെ പോയിരുന്നറിയില്ല പലയിടത്തും അന്വേഷിച്ചു കണ്ടില്ല ഒരു ഇന്റ്യൂഷൻ മണത്തറിയെന്ന് അറിയില്ല അതുപോലെ എങ്ങനെയോ അറിഞ്ഞ് കാട്ടിന്റെ ഉള്ളിലേക്ക് അന്വേഷിച്ചുകൊണ്ടുപോയി അടുത്തെത്തി കാട്ടിലെത്തിയപ്പോ അവിടെ ഈ കാല് ഈ കാട്ട് ഉണക്ക ഇലകളിലെ കാല് ചവിട്ടി ശബ്ദം കൊണ്ടുവരുന്നത് കണ്ടപ്പോ തന്നെ നമ്മുടെ ഭഗവാൻ പറഞ്ഞു ആരോ വരണ്ടെന്ന് നോക്കുമ്പോ മുരുകനാറിനകത്ത് വരെയാണ് അപ്പൊ മുരുകനാറിനെ കണ്ടു ഭഗവാൻ തന്നെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു അത്രേ ഒരു ഫോറസ്റ്റ് ഗാർഡന് പോലും ഇവിടെ അന്വേഷിച്ചു വരാൻ പറ്റില്ല നീ എപ്പടി വന്നേ എങ്ങനെ വന്നു കാവ്യകണ്ഠ ഗണപതി മുനി മുരുകനാറിനെ അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇതാണോ ഭക്തി ഒരു ഭക്തി എന്തിനൊക്കെ എന്താന്ന് വെച്ചാൽ ശരിക്കും ഭാഗവതത്തിലെ ഗോപസ്ത്രീകൾ ഒരു ഗോപസ്ത്രീ കൃഷ്ണന്റെ കൂടെ പോയി എന്ന് പറഞ്ഞപ്പോ ബാക്കിയുള്ള ഗോപസ്ത്രീകളൊക്കെ അന്വേഷിച്ചുകൊണ്ട് അലഞ്ഞു നടക്കണ പോലെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാണ് ആ കണ്ടുപിടിച്ച് ഭഗവാൻ നമസ്കരിച്ചു കാട്ടിൽ പോയിട്ട് എന്താ തിരിച്ച് കുറച്ചു നേരം കഴിഞ്ഞാൽ ആശ്രമത്തിൽ വന്നാൽ കാണാൻ പോണോ എങ്കിലും കുറച്ചു നേരം കാണാതിരിക്കാം വയ്യ ഓടി വന്നു ഓടി വന്നപ്പോ ഭഗവാൻ അങ്ങനെ ഒരു നോട്ടം നോക്കിത്രേ എന്നുവെച്ചാൽ ഏതോ ഒരു ആ കൃപ സമ്പാദിക്കുകയാണ് ഗുരു കൃപയെ സമ്പാദിക്കാൻ ഈ ജീവനൊരു വഴിയാണ് പ്രിയം ആ പ്രിയം അങ്ങനെ എക്സ്പ്രസ് ചെയ്തു ഗുരുവിന്റെ കൺട്രോളിലും ഈ കൃപ ശിഷ്യന്റെ കൺട്രോളിലും ഇല്ല ഭക്തി അങ്ങോട്ട് കാണിച്ചു ഗുരു ഒന്ന് നോക്കി മഹർഷി നോക്കി അത്രയുള്ളൂ മുരുകനാർ അത് പിന്നീട് പാടുന്നു അകത്താമരൈ മലർമീതുറൈ രമണൻ നഗൈത്താനുര വിഴിത്താൻ അരശകുത്താനത് ഉയരൈ മികത്താൻ അരുൾ സുരന്താന മുഖവാപുരി മുരുകൻ ജഗത്താരുയ വാൻ മുറി തിരുവാചക നികരേ ഈ പാട്ട് വിശ്വനാഥസ്വാമി കൂടെ ഉണ്ടായിരുന്നു വിശ്വനാഥസ്വാമി എഴുതിയ പാട്ടാണ് അന്ന് സംഭവിച്ചത് അകത്താമരൈ മലർമീതുരെ അരുണാചല രമണൻ ഹൃദയത്താമരയുള്ള രമണൻ ഈ പുറമേക്ക് ആ രൂപത്തിൽ നിൽക്കുന്ന രമണൻ ഒന്ന് നോക്കി ചിരിച്ചു എന്നാണ് നഗയ്ത്താൻ എന്ന് വെച്ചാൽ ചിരിച്ചു ചിരിച്ച ഉടനെ അരശകുത്താനത് ഉയരയുന്നതാണ് ഉള്ളിലുള്ള അജ്ഞാനത്തിനെ ജീവാഹന്തയെ ആ ക്ഷണം തന്നെ വേരോട് പറിച്ചെടുത്തു കളഞ്ഞു മൃഗനാറോട് പിന്നീട് ചോദിച്ചു സ്വാമി എന്ത് സാധന ചെയ്തു ചോദിച്ചു സ്വാമി പറഞ്ഞു സാധനയോ സാധനയ്ക്ക് എവിടെ സമയം സാധന ചെയ്യാൻ എവിടെ സമയം സമയം കിട്ടിയിട്ട് വേണ്ടേ സാധനം ചെയ്യാൻ എന്നുവെച്ചാൽ അതിനുപോലും സമയമില്ല ആ ഗുരു കൃപ സാന്നിധ്യം ആ ക്ഷണം തന്നെ പണിക്കഴിഞ്ഞു അരശകത്താനനതുയിരൈ എന്നുവെച്ചാൽ അജീവാഭിമാനത്തിനെ ആ ക്ഷണം തന്നെ വേരോടെ പറിച്ചെടുത്തു കളഞ്ഞു അജ്ഞാനം ആ ക്ഷണത്തിൽ തന്നെ നീങ്ങി ആ ക്ഷണത്തിൽ തന്നെ പൂർണ്ണത്വമാണ് ആനന്ദമാണ് ശാന്തിയാണ് കൃപാസിദ്ധി നമ്മളുടെ ഉള്ളിൽ ആ പൂർണ്ണത്വം ഉണ്ട് നമ്മളൊക്കെ തന്നെ ആ പൂർണ്ണ വസ്തുവാണ് ആ പൂർണ്ണത്തെ പൂർണ്ണത്വത്തിനെ ഓർമ്മിപ്പിക്കുകയാണ് സത്സംഗം കൃപ കൊണ്ട് സാധിക്കുന്നതും അതാണ് എപ്പോഴോ നമ്മളുടെ ശ്രദ്ധ അകത്ത് വീണു ഞാൻ എന്റെ സ്വരൂപം എന്താണ് ഞാൻ എന്ന് എന്താണ് എന്ന് നോക്കി വിസ്മയിക്കുകയാണ് എന്തിനെയൊക്കെയോ കണ്ട് വിസ്മയിച്ചു അതിനു അവനവന്റെ തന്നെ അസ്തിത്വം അവനവന്റെ തന്നെ ഇരുപ്പ് അവനവന്റെ തന്നെ ഉണർവ് അവനവന്റെ തന്നെ ബോധത്തിനെ ബുദ്ധി ശ്രദ്ധിച്ച് വിസ്മയിക്കുകയാണ് ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ഞാനെന്ത് പറയണത് എന്താണ് അഹം അഹം എന്നുള്ള ഈ അനുഭവത്തിന്റെ സ്വരൂപം എന്താണ് ഈ അധ്യായത്തിൽ ഭഗവാൻ പറയാൻ പോണു ഏയാ ധാര്യത്തെ ഈ ജഗത്ത് മുഴുവൻ ഏതൊന്ന് ധരിക്കുന്നു ആ ഉണർവ് ഏതുള്ളതുകൊണ്ട് കണ്ണ് കാണുന്നു ഏതുള്ളതുകൊണ്ട് ചെവി കേൾക്കണോ ഏതുള്ളതുകൊണ്ട് മൂക്ക് മണക്കുന്നു ഏതുള്ളതുകൊണ്ട് നാവ് രുചിക്കണോ ഏതുള്ളതുകൊണ്ട് ത്വക്ക് സ്പർശിക്കണമോ ശരീരമൊക്കെ വിട്ടിട്ട് സ്വപ്നത്തിലും ഏതൊന്ന് സ്വപ്നത്തിനെ കണ്ടുകൊണ്ടിരിക്കണോ സ്വപ്നമില്ലാത്ത സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോഴും ആ സുഖം മാത്രമായിട്ട് ഏതൊന്ന് ശരീരമോ മനസ്സോ ഇല്ലാതെ ഉണ്ടായിരുന്നുവോ ആ സച്ചിദാനന്ദം അസ്തിത്വം അതിൻ്റെ പ്രത്യഭിജ്ഞാം നെച്ചൽ റെക്കഗ്നീഷൻ അതിൻ്റെ ബോധം അതാണ് ഞാൻ അതിൻ്റെ സ്വരൂപമാണ് ആ പ്രത്യവിജ്ഞയാണ് നമ്മളെ നിർവൃത്തരാക്കുന്നത് ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ പൂർണ്ണമാക്കുന്നത് ബുദ്ധൻ പറയണത് ഈ ഒരു മെസ്സേജ് സന്ദേശം ഇതിൻ്റെ ഡിന്ഡ്യമം കൊട്ടാൻ വേണ്ടി മാത്രമാണ് ശരീരം തന്നെ നിലനിൽക്കണത് എന്നാണ് ദുഃഖം നമ്മളുടെ ഉള്ളിലുള്ള സാധ്യതയാണ് നമ്മള് ദുഃഖിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ക്യും സഖേ എന്തിനാ കരയണത് എന്തിനാ ദുഃഖിക്കണത് അല്പമൊന്ന് വിചാരം ചെയ്യാം ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ഞാനെന്ന് പറയണത് എന്താണ് അതാണ് സിദ്ധൌഷധം ഭഗവാൻ ദുഃഖസാഗരേ നിമഗ്നം അർജുനം നിമിത്തീകൃത്യ ശോകമോഹമഹോദൗ നിമഗ്നം അർജുനം നിമിത്തീകൃത്യ ജഗദർത്വം ലോക ലോകായ ഉപതിദേശ എല്ലാവർക്കും ലോകത്തിന് മുഴുവനായിക്കൊണ്ട് ഭഗവാൻ ഉപദേശിച്ചു ഭഗവത്ഗീതയെ ഈ അധ്യായം ജ്ഞാനവിജ്ഞാനയോഗമെന്ന് ഈ അധ്യായം കഴിഞ്ഞ അധ്യായത്തിൽ ധ്യാനയോഗം എന്നു പേര് ആ ധ്യാനയോഗം അവസാനിക്കണത് യോഗിനാമപ്പി സർവേഷം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേയോ മാം സമേയുക്തമോ മതം യോഗികളിലെ യോഗികളെയൊക്കെ പറഞ്ഞ് എന്നെ നിരന്തരമാര് ധ്യാനിക്കണമോ പ്രേമപൂർവം ഭജിക്കുന്നുവോ ആ ഭക്തനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ് അവസാനിച്ചു അതിനുശേഷം ഈ അധ്യായം ആരംഭിക്കുകയാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ തുടങ്ങുന്ന ഫസ്റ്റ് ശ്ലോകം നോക്കാം ശ്രീ ഭഗവാൻ ഉവാച മയ്യാസക്ത മനാഹപ്പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയ അസംശയം സമഗ്രം മാം യഥാസ്യ സീ തൃണു ഈ ആദ്യത്തെ ശ്ലോകം നമ്മളെ നാളെ കാണാം നമുക്കേറ്റവും പരിചയമുള്ള ഒരു കാര്യത്തിനെ പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ തുടങ്ങണത്തെ ആസക്തി ആസക്തി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഫോഴ്സാണ് അറ്റാച്ച്മെന്റ് അത് നമുക്ക് പണത്തിനോട് കുട്ടികളോട് സ്ഥാനത്തിനോട് ജോലിയോട് റെക്കഗ്നേഷനോട് ഇതൊക്കെ നമുക്കറിയാം അതേ ഫോഴ്സ് എപ്പോഴാണോ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് ഭഗവത് സാക്ഷാത്കാരത്തിനായിട്ട് ഭഗവത് ഭക്തിയില്ല തിരിയണത് അപ്പോ ആസക്തി ഭഗവത് അഭിമുഖിയായിട്ട് തീർന്നു അതിനെയാണ് ഭഗവാൻ ഭക്തി എന്ന് പറയണത് എന്നെ എന്നിൽ ആസക്തി വെച്ചുകൊണ്ട് ഭജിക്കാം ഈ യോഗമാണ് ഭഗവത് ആസക്തി യോഗം അത് നമ്മൾ നാളെ കാണാം നാളെ രാവിലെ ആറര മണിക്ക് രാവിലത്തെ സത്സംഗം ശങ്കരാചാര്യർ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ എട്ട് വയസ്സിൽ കേരളത്തിൽ നിന്ന് നടന്നുപോയി മധ്യപ്രദേശിൽ പോയി ഗുരുവിനെ കണ്ടു ഗോവിന്ദ ഭഗവത്പാദൻ എട്ട് വയസ്സിലുള്ളൊരു കുട്ടി കേരളത്തിൽ നിന്നും ബ്രഹ്മവിദ്യക്കായിട്ട് എന്നുവെച്ചാൽ ജ്ഞാനത്തിനായിട്ട് സദ്ഗുരുവിനെ അന്വേഷിച്ച് നടന്നുപോയി മധ്യപ്രദേശിൽ നർമ്മദയുടെ തീരത്തിലെ ഗോവിന്ദ ഭഗവത്പാദരെ കാണുകയാണ് അവിടെ ഗോവിന്ദ ഭഗവത്പാദരുടെ സന്നിധിയിൽ വെച്ച് ശ്രീശങ്കരൻ നിസർഗമായിട്ട് എന്ന് വെച്ചാൽ സ്പോൺറ്റേനിയസ് ആയിട്ട് ചൊല്ലിയത് എന്ന് പറയപ്പെടുന്നതാണ് ദശശ്ലോകി എന്ന് നിർവ്വാണ ദശകം പത്ത് ശ്ലോകം എട്ട് വയസ്സിലെ ലൗകികമായ വിദ്യകളൊക്കെ തന്നെ ഒരു കാലത്ത് ഉണ്ടായത് പിന്നെയൊരു കാലത്ത് ഇറ്റ് വിൽ ഇവോൾവ് ജ്ഞാനത്തിൽ എവലൂഷൻ ഇല്ല എട്ട് വയസ്സിൽ ഈ പത്ത് ശ്ലോകം ചൊല്ലി മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ സമാധിക്കു മുമ്പ് പത്മപാദാചാര്യർ ശങ്കരാചാര്യരോട് ചോദിച്ചു ബ്രഹ്മവിദ്യയെ ചുരുക്കി പറഞ്ഞു തരാമോ അപ്പൊ ആചാര്യസ്വാമികൾ പറഞ്ഞു എട്ട് വയസ്സിൽ ഞാൻ എന്റെ ഗുരുവിന്റെ മുമ്പിൽ ചൊല്ലിയ പത്ത് ശ്ലോകം ഉണ്ടല്ലോ അത് പൂർണ്ണമാണെന്ന് എന്നുവെച്ചാൽ ജ്ഞാനത്തിൽ എവല്യൂഷൻ ഒന്നുമില്ല ഒരിക്കൽ വന്നാൽ കഴിഞ്ഞു അത് പതുക്കെ പതുക്കെ പതുക്കെ ഉയരൊന്നുമില്ല അതുകൊണ്ട് ആ പത്ത് ശ്ലോകങ്ങൾ ദശശ്ലോകി നിർവ്വാണ ദശകം അതാണ് നമുക്ക് രാവിലത്തെ വിഷയം നാളെ വൈകുന്നേരം ആറു മണി മുതൽ ആറര മണിവരെ ഇവിടെ രാമനാമ സങ്കീർത്തനുണ്ടാവും ആനന്ദാശ്രമത്തെന്ന് അവിടെ ഭക്തന്മാർ വന്നിട്ടുണ്ട് ആനന്ദാശ്രമം എല്ലാവർക്കും അറിയാം നമ്മളുടെ സത്സംഗത്തിൽ ഇന്നുപോലും സ്വാമി രാംദാസിനെ കുറിച്ച് പറയുണ്ടായി കേരളത്തിലെ കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയില് കാഞ്ഞങ്ങാടിലാണ് ആനന്ദാശ്രമം ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ അറുപത്തി മൂന്ന് വരെ രാമനാമത്തിൻ്റെ സ്വരൂപമായിട്ടും തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ മഹാപുരുഷൻ ആണ് സ്വാമി രാമദാസ് ആ പരമ്പരയിൽ മാതാജി കൃഷ്ണാബായി ഉണ്ടായിരുന്നു അടുത്ത കാലത്ത് വരെ ഒരു വലിയ മഹാപുരുഷൻ ഒരു മഹാപുരുഷൻ അവിടെ ഉണ്ടായിരുന്നു സ്വാമി സച്ചിദാനന്ദ ഇപ്പോ ആ ആശ്രമത്തിൽ നിന്നും ഉള്ള ഭക്തന്മാര് പല സ്ഥലത്തും പോയി രാമനാമം പ്രചരിപ്പിക്ക രാമനാമം എങ്ങനെ പ്രചരിപ്പിക്കാൻ പറ്റും രാമനാമത്തിനെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പറ്റില്ല സങ്കീർത്തനം ചെയ്ത് തന്നെ പ്രചരിപ്പിക്കണം ഇപ്പൊ ജലദോഷം പിടിച്ചിട്ട് ഇവിടെ വന്ന് ഇരുന്നാൽ നമ്മളുടെ അടുത്തുള്ള വൈറസ് അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് മേ ഗെറ്റ് ഇൻ സർ എന്ന് ചോദിച്ചിട്ടുള്ളിൽ കിടക്കില്ലേ അല്ലെ ഇറ്റ് വിൽ എൻക്രോച്ച് അതുപോലെ ഭക്തിയും ഞാനും ഒക്കെ അതുപോലെയാണ് ആശ്രമത്തിൽ രമണാശ്രമത്തിൽ ഭഗവാന്റെ പാർശ്വതന്മാരിൽ കുഞ്ചുസ്വാമി ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഇതെപ്പോ കളിച്ച പോലെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ചുസ്വാമി വരെ കളിക്കട്ടെ ഇവിടെയൊക്കെ ആത്മജ്ഞാനത്തിന്റെ ബാക്ടീരിയ ഉണ്ടായിരുന്നു ഇപ്പം മുഴുവനും ഇവൻ ഇഫ് ദെ ഡോണ്ട് വാണ്ട് ഇറ്റ് ഇറ്റ് വിൽ എൻ്റർ ഇവിടെയൊക്കെ ആത്മജ്ഞാനത്തിന്റെ ബാക്ടീരിയ ഉണ്ടെന്ന് വൈറസ് ഉണ്ട് സത്സംഗത്തിൻ്റെ ഇഫക്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാലും അത് പ്രവേശിക്കും നിങ്ങൾ ശ്രദ്ധയില്ലാതിരുന്നാലും അത് പ്രവേശിക്കും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളിരുന്നാൽ ക്രിട്ടിക്കലായിട്ടിരുന്നാൽ വളരെ ഫോഴ്സ്ഫുള്ളായിട്ടും പ്രവേശിക്കും നിങ്ങൾ ഉറങ്ങിയാലും പ്രവേശിക്കും Anyhow, if you expose yourself in all the ways you are benefited. So, Ramadamam, 6 to 6.30, Shri Rama, Jaya Rama, Jaya Jaya Rama. As you can do that, you can do that, Swami is doing it. Maharashtra, Samartha Ramadas, ഈ നാമാണ് പ്രചരിപ്പിച്ചത് അതേപോലെ മഹാരാഷ്ട്രത്തിലുണ്ടായിരുന്ന വേറെ പല സമ്പ്രദായവും ഗോന്ദവിളേക്കർ മഹാരാജ് അവരൊക്കെ രാമനാമം പ്രചരിപ്പിച്ചവരാണ് സ്വാമി രാംദാസ് പ്രണവത്തോടെ ഓം ശ്രീരാമ ജയരാമ ജയ ജയ രാമ ഓം ശ്രീരാമ ജയരാമ ജയ ജയ രാമ ഓം ശ്രീരാമ ജയരാമ ജയ ജയരാമ ഓം ശ്രീറാംമ ജയരാമ ജയ ജയരാം എങ്ങനെ നാമം ജവിക്കണം സ്വാമി രാംദാസ് പറയണത് വായ നാമം ജപിക്കാം ഉള്ളില് തീരുമാനിച്ചോള ഉള്ളില് ഭഗവാന്റെ അടുത്ത് പറയാം ഹേ രാം You are everything. യു ആർ എവ്രിഥിങ് നീ കാണുന്നതൊക്കെ രാമ നീയാണ് കാണപ്പെടുന്നതൊക്കെ നീയാണ് ഉള്ളിലെ മനസ്സിൽ വരുന്ന ചിത്തവൃത്തിയും നീയാണ് ഉള്ളില് ഞാൻ ഞാൻ എന്ന അഭിമാനം തോന്നുന്ന ചിത്തും നീയാണ് ആകാശവും ഭൂമിയും ജീവനും ഒക്കെ അഖണ്ഡമായി പൂർണ്ണമായി നിൽക്കുന്ന വസ്തുവാണ് രാമൻ ഉള്ളിൽ നിശ്ചലമായിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള വസ്തു ശിവമും നീയാണ് ഡൈനാമിക് ആയിട്ടുള്ള ശക്തിയും രണ്ടും ഒക്കെ പൂർണ്ണമാണ് എല്ലാമായിട്ടുള്ളതാണ് രാമൻ സ്വാമി രാമദാസിന്റെ അടുത്ത് ആശ്രമത്തിൽ ചെന്ന് ഭക്തന്മാർക്ക് ചോദിച്ചു സ്വാമി ഇവിടെ ഒരു രാമന്റെ ഫോട്ടോയെ കാണാനില്ലല്ലോ എന്നുള്ളു അദ്ദേഹം ഉള്ളപ്പോ അവിടെ രാമന്റെ ഫോട്ടോ പോലും ഇല്ല അദ്ദേഹം പറഞ്ഞു നിങ്ങളൊക്കെ രാമന്റെ ഫോട്ടോ ആണ് ഇവിടെ വരുന്നവരൊക്കെ രാമന്റെ രൂപമാണ് എല്ലാരും രാമനാണ് രാമൻ എന്ന് പറഞ്ഞിട്ട് രാമായണത്തിലുള്ള രാമൻ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരുമാണ് രാം അപ്പോൾ ക്ലിയറായിട്ട് പറയണ്ട ഒരിടത്ത് അദ്ദേഹത്തിന് ചോദിക്കുന്നു വാട്ട് യു മീൻ ബൈ റാം അതിന് സ്വാമി പറയണു രാമ മീൻസ് ആത്മൻ റാം മീൻസ് യുവർ ഇന്നർ സെൽഫ് ദ ഡിവിനിറ്റി വിത്തിൻ യു അതിനൊരു സിമ്പിളാണ് ത്യാഗരാർത്ഥ സ്വാമികൾ ഒരു കീർത്തനം തെലുസി രാമചിന്തനത്വവും നാമമും വളരെ പ്രസിദ്ധമായ കീർത്തനമാണ് ഭാഗവതവിടെ അതിൽ പറയേണ്ട രാമായണി ചപലാക്ഷിയുടെ നാമം രാമ എന്ന് വിളിച്ചാൽ സംസ്കൃതത്തിൽ ഒരു സ്ത്രീ എന്നുള്ള അർത്ഥമുണ്ട് രാമ എന്നുള്ളത് താരക ബ്രഹ്മത്തിന്റെ നാമവുമാണ് ഒരു മുക്തിക്ക് തയ്യാറായ ഒരു ജീവൻ പുറമേക്ക് എന്തെങ്കിലും ഒരു സിമ്പൽ അന്വേഷിച്ചുകൊണ്ട് നടക്കും അത് ചെവിയിൽ വീണു ഉടനെ ഉള്ളിൽ ഉണരും അതാണ് നാമം അപ്പർ സ്വമികൾ തേവാരത്തിൽ ഒരു പാട്ടുണ്ട് ഒരു ജീവൻ എങ്ങനെ സ്റ്റെപ്പൈ സ്റ്റെപ്പ് നാമം കേട്ടിട്ട് എങ്ങനെ പൂർണ്ണമാവണ മുന്നം അവനിയ നാമം കേട്ടാൾ മൂർത്തി അവനെക്കും വണ്ണും കേട്ടാൾ പിന്നെ അവനിയ വാരൂർ കേട്ടാൾ പേർത്തും അവനക്കേ പിച്ചിയാനാൾ തന്നെ മറന്നാൾ തം നാമം കെട്ടാൾ അകണ്ടാൽ അകലിടത്ത ആചാരത്തെ തലപ്പെട്ടാൽ നങ്കൈ തലവൻ താഴെ കംപ്ലീറ്റ് സരണ്ടർ എങ്ങനെ വരണം മുന്നം അവനോട് ഈ നാമം കേട്ടാൾ ആദ്യം നാമം എവിടുന്നു കേട്ടു എന്നാണ് നാമം എന്ന് വെച്ചാൽ അതൊരു പുറമേ ഒരു ശബ്ദം ഉള്ളിലുള്ള നമ്മളുടെ സ്വരൂപത്തിനെ ഉണർത്താണ് അപ്പോ രാമനാമം ജപിക്കുമ്പോ ഓർത്തോളം രാമൻ രാംദാസ്വാമിയോട് ചോദിച്ചു ദശരഥരാമൻ അല്ലേ ചോദിച്ചു ദശരഥരാമനും ആണ് നാം ദശരഥ രാമൻ മാത്രമല്ല ദശരഥ രാമനും ആണ് ഈസ് എവ്രിഥിങ് എല്ലാമാണ് രാമൻ രാമനാമം രാമായണകാലത്തിന് മുമ്പുണ്ട് അത് ശബ്ദബ്രഹ്മമാണ് ആ ശബ്ദബ്രഹ്മത്തിന് നമ്മള് കീർത്തിക്കുകയാണ് വൈകുന്നേരം ഈ ഭക്തന്മാര് അവരൊരു വ്രതമെടുത്തിരിക്കുകയാണ് ഭാഗവതത്തിൽ പറയണു നാമസങ്കീർത്തനം വ്രതം ഏവം വ്രതസ്വപ്രിയ നാമ കീർത്തിയാ ജാതാനുരാഗോ ദ്രുതചിത്ത ഉച്ചയ് ഹസത്യതോ രോദിതി രൗതി ഗായതി ഉന്മാദവൻ നൃത്യതി ലോകബാഹ്യ അവരൊരു വ്രതം എടുത്തിരിക്കുകയാണ് ഭക്തന്മാരുടെ വീട്ടിൽ പോയി നാമം ചൊല്ല വിളിക്കണം ഭക്തന്മാരുടെ വീട്ടിൽ പോയിട്ട് നാമ സങ്കീർത്തനം ചെയ്യുക ഒരു ഒരു വീട്ടിൽ ചെയ്താൽ മറ്റൊരു വീട്ടിൽ മറ്റൊരു ചെയ്യാം കോമൺ പ്ലേസിൽ വളരെ റെയറായിട്ട് ചെയ്യണുള്ളൂ എന്നാണ് പറഞ്ഞത് വെച്ചാൽ വീടുകളൊക്കെ ശുദ്ധാവണം കുട്ടികൾക്കൊക്കെ ഈ പരിചയം വരണം ചെറിയ കൊച്ചു കൊച്ചു കുട്ടികളൊക്കെ വൈകുന്നേരവും രാവിലെ ആവുമ്പോൾ ഇരുന്ന് ചേർന്നിരുന്ന് സങ്കീർത്തനം ചെയ്യാന്നുള്ളൊരു പ്രാക്ടീസ് വരണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ആയോജനം അവരിവിടെ വന്നിട്ടുണ്ട് നാളെ വൈകിട്ട് സിക്സ് ടു സിക്സ് തേർട്ടി ഇവിടെ രാമനാമ സങ്കീർത്തനം ഉണ്ടാവും ആറര മണിക്ക് നമ്മൾ പതിവ് പോലെ ഗീത ആരംഭിക്കും രാവിലെ ആറര മണിക്ക് നിർവാണ ദശകം ഓം ശ്രീരാമ ജയരാമ ജയ ജയരാമ ഓം ശ്രീരാമ ജയരാമ ജയ ജയരാമ ശ്രീരാമ ജയ ജയ ജയ രാമ ഓം ശ്രീരമയ ജയ ജയ രാമ ഓം ശ്രീരാമ ജയ ജയ ജയ ശ്രീരമ ജയ ജയ ജയ രാമ ീരാമ ജയ രാമ ജയ ജയ രാമ ഓ ശ്രീരാമ ജയ രാമ ജയ ജയ രാം യോ മമാത്മാവസിമേവ തോന്നം മമചി അതിയേം kurumam തഥൈവ ത്മനാഥം രമണം ഭജ